പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യന്ത വന്ദേ ഗുരു പരമ്പരാ കഴിഞ്ഞ ആറ് സന്ധ്യകളിലും നമ്മള് ഒരേ വിഷയമാണ് ചിന്തിച്ചത് സംബന്ധിച്ച് എന്താണ് കർമ്മം എന്തുകൊണ്ട് നാം കർമ്മത്തെ കുറിച്ച് സൂക്ഷ്മമായി വിചാരം ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗീതയിലൊരിടത്ത് പറയും ക്ഷിപ്രം ഹി മാനുഷേലോക്കെ സിദ്ധിർഭവതി കർമ്മജ ക്ഷിപ്രം ഹി മാനുഷേ ലോകെ സിദ്ധിർഭവതി കർമ്മജ മനുഷ്യലോകത്തിൽ കർമ്മജനിതമായ സിദ്ധി പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു എന്ന് കർമ്മജനിതമായ സിദ്ധി മനുഷ്യലോകത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുവെച്ചാൽ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും തന്നെ തദ്നുസൃതമായ ഫലം ഉടൻ വന്നു ചേരുന്നു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ പ്രഥമമായ സവിശേഷത തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളെ അപഗ്രഥിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിലധികം സാധ്യതകളെ ശരിക്ക് നിരൂപണം ചെയ്ത് ഏതാണ് കർത്തവ്യമെന്നും ഏതകർത്തവ്യമെന്നും നിശ്ചയിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം എന്തിനു നാം തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതഗതി അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് നല്ലപോലെ അറിയണം ഈ വിഷയം ഭഗവാൻ സ്പഷ്ടമാക്കിയത് നാം ചിന്തിച്ചു തുടക്കത്തിൽ തന്നെ കർമ്മണോഹി അഭി ബോധവ്യം ബോധവ്യം ചികർമ്മ അകർമ്മണ ബോധവ്യം ഗഹന കർമ്മണോ ഗതി കർമ്മത്തിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് വികർമ്മത്തിൻ്റെ തത്വം അകർമ്മത്തിൻ്റെ തത്വവും അറിയപ്പെടേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് സ്ഥൂലമായി ബാഹ്യമായി കാണുന്ന പോലൊന്നുമല്ല അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ശരിക്ക് വേർതിരിച്ചറിയണം ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ച് തുടങ്ങി അവിടെ കരണങ്ങളെ കൊണ്ട് ബാഹ്യകരണങ്ങളെ കൊണ്ടും അന്തകരണങ്ങളെ കൊണ്ടും നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും അതത് സമയത്ത് അനുരൂപമായ സംസ്കാരം രൂപപ്പെടുന്നു എന്ന് നാം ചിന്തിച്ചു ഈ സംസ്കാരം വാസനയായി പരിണമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വാസനാപ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും അങ്ങനെ കർമ്മചക്രം കർമ്മം സംസ്കാരം വാസന കർമ്മം സംസ്കാരം വാസന എന്ന രൂപത്തിൽ മുന്നോട്ട് കറങ്ങും ഈ കറക്കത്തിൽ നാം പെട്ടുഴലും എന്ത് മാർഗം ഇപ്രകാരം ബന്ധിക്കപ്പെടാതിരിക്കാൻ അവിടെയാണ് എന്താണ് കർമ്മബന്ധനം എന്ന് നമ്മൾ ഒന്നുകൂടി അപഗ്രഹിച്ചത് വാസ്തവത്തിൽ കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നത് മറിച്ച് കർമ്മങ്ങളിലുള്ള മമത്വമാണ് എൻ്റെ എന്ന ഭാവനയാണ് ഇതിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു എൻ്റെ എന്നുള്ളതിൽ എന്തർത്ഥമാണുള്ളത് അല്പം വിചാരം ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും ഒരർത്ഥവും ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല കർമ്മം ഫലം ഇവയെക്കുറിച്ചുള്ള അപഗ്രഥനം നാം ചെയ്തു അവിടെ കർമ്മത്തിൽ നമുക്ക് പൂർണ്ണമായ അധികാരമുണ്ടെന്നും ഫലത്തിൽ നമുക്ക് ഒരധികാരവും ഇല്ലെന്നും അധികാരം എന്ന് പറയുമ്പോൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് കർമ്മത്തിലുണ്ടാവും പക്ഷെ ഫലത്തിലില്ല ഇതാണ് പരമാർത്ഥം കർമ്മേവ് അധികാര സ്ഥലേഷു കഥാചന മാ ഫലേഷു കഥാചന ഒരിക്കലും തന്നെ ഫലങ്ങളിൽ നമുക്ക് അധികാരമില്ല കർമ്മത്തിലേ ഉള്ളൂ ഇത് മനസ്സിലാക്കി കുശലതയോടുകൂടി കർമ്മം ചെയ്യാം അതാണ് കർമ്മയോഗം ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്യുക ഏത് മേഖലയിലുള്ളതായാലും അതിനാൽ ബന്ധിക്കപ്പെടാതിരിക്കുക അതിനെ യോഗ കർമ്മസു കൗശലം എന്ന് പറയും ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിച്ച നമ്മൾ ശരി ഫലത്തിൽ നമുക്ക് അധികാരമില്ലെന്നത് മനസ്സിലാക്കി കർമ്മയോഗം ഫലകാംക്ഷയില്ലാതെ ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കി പക്ഷേ അങ്ങനെയാണെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ ലൗകികമായും വൈദികമായും ഉള്ള കർമ്മങ്ങളെ നിർവഹിച്ചു കൊണ്ടും അഥവാ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണല്ലോ അപ്പൊ ചെയ്തല്ലേ മതിയാവും ചെയ്തേ മതിയാവും പക്ഷെ ചെയ്യുമ്പോൾ അറിയാതെ ഫലകാമന വന്നു ചേരുന്നു അറിയാം എനിക്ക് നേരെ അധികാരമില്ല എന്നുള്ളത് എങ്കിൽ തന്നെയും കർമ്മനിർവഹണ സമയത്ത് അറിയാതെ മഹത്വചിന്ത ഫലകാമന വന്നു ചേരുന്നു എങ്ങനെ ഇതിനെ അതിക്രമിക്കാം അവിടെ ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എങ്കിലും അത് താത്വികമായി പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമില്ല അതിനെ സാക്ഷാത്കരിക്കണം നേടണം അതിനുള്ള ഉപായം നാം ചിന്തിച്ചു ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യൂ നമ്മുടെ നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി മനസ്സിലാക്കി തൻ്റെ കർമ്മത്താൽ ഈശ്വരാർപ്പണം ചെയ്യൂ ഈശ്വര പൂജ ചെയ്യൂ അങ്ങനെ സ്വന്തം കർമ്മം അതെന്തോ ആവട്ടെ ഏത് മേഖലയിലുള്ളതോ ആവട്ടെ ഈശ്വരാർപ്പണ ഭാവത്തോടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് സിദ്ധമാകുന്ന ഫലം പ്രസാദമാണ് പ്രസാദം ഒരിക്കലും നമ്മൾ ബന്ധിക്കില്ല എങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി നേടാം അവിടെ നാം ചിന്തിച്ചു ഈ പ്രപഞ്ചത്തിൽ അണ്ണു മുതൽ ബ്രഹ്മാണ്ടം വരെ സർവത്തിലും നിരന്തരം നടക്കുന്ന കർമ്മ വ്യാപാരത്തെ ഒന്ന് നിരീക്ഷിക്കുക ഒന്ന് നിരീക്ഷിക്കുക നിരന്തരം സൂക്ഷമാതിസൂക്ഷ്മമായ ഒരു അണ്ണുകണം മുതൽ സ്ഥൂലാതി സ്ഥൂലമായ സമ്പൂർണ്ണ പ്രപഞ്ചം വരെയും വിരാമം കർമ്മങ്ങൾ നടക്കുകയാണ് ഒരു നിയമക്രമത്തിനനുസരിച്ച് സാന്ദർഭികമായി പറയട്ടെ ആ നിയമത്തിനാണ് നമ്മൾ ധർമ്മമെന്ന് പറയുന്നത് ധർമ്മം എന്ന ഒരു നിയമക്രമത്തിനനുസൃതമായി അവിരാമം നിരന്തരം കർമ്മങ്ങൾ നടക്കുകയാണ് അങ്ങനെയുള്ള സമഷ്ടിയിലെ മഹാകർമ്മങ്ങളുടെ ചെറിയൊരു പങ്കാണ് ഞാൻ നീ നമ്മുടെ കർമ്മമെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് ഈശ്വര പൂജ ചെയ്യാൻ ഉള്ള മനോഭാവം നമുക്ക് ലഭിക്കുന്നു അപ്പം വീണ്ടും അവരുടെ പ്രശ്നം വന്നു ശരി സമ്മതിച്ചു ഇങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴും ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന നമുക്ക് കർമ്മത്തിലൂടെ വിജയം പ്രാപിക്കേണ്ടേ തീർച്ചയായിട്ടും വേണം ബന്ധിക്കപ്പെടരുതെന്നത് ശരി തന്നെ പക്ഷെ ഓരോ മേഖലയിലും വിജയം അനിവാര്യമാണ് എങ്ങനെ ഈ വിജയത്തെ നേടാം അപ്പോഴാണ് കർമ്മതന്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് കർമ്മം എങ്ങനെയാണ് സിദ്ധമായിത്തീരുന്നത് അവിടെ പ്രധാനമായി സകല കർമ്മങ്ങളെ സംബന്ധിച്ചും അധിഷ്ഠാനവും കർത്താവും കരണങ്ങളും ചേഷ്ടകളും പിന്നെ അഞ്ചാമതായി ദൈവവും ഈ അഞ്ച് ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് സകല കർമ്മങ്ങളുടെയും സിദ്ധി ഉണ്ടാവുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഓരോന്നും ക്രമീകൃതമാകണം ഈ പറയുന്ന ഘടകങ്ങൾ ഇതിൽ അധിഷ്ഠാനം കർത്ത കരണം ചേഷ്ടകൾ എന്നിവ നമുക്ക് ഇപ്പോൾ തന്നെ ബുദ്ധിപൂർവ്വം ക്രമീകരിക്കാവുന്നതാണ് ദൈവമാകട്ടെ ഇന്നലകളിലെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലരൂപമാണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കർമ്മങ്ങളിലൂടെ അതിനെ സ്വാധീനിക്കാം ഇന്നത്തെ കർമ്മങ്ങളിലൂടെ ദൈവത്തെ സ്വാധീനിക്കാം എന്നല്ല നാളത്തെ ദൈവത്തെ ഇന്നു നമ്മൾ ഉണ്ടാക്കുകയാണ് ഈ തിരിച്ചറിവോടുകൂടി നമുക്ക് കർമ്മം ചെയ്യാം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയിൽ വന്നത് വ്യത്യസ്തങ്ങളായ ക്രിയകളിലൂടെ കർത്താവ് വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ ഇച്ഛിക്കുന്നു ലൗകികവും വൈദികവുമായ കർമ്മങ്ങളിലൂടെ ഒരു ഫലമല്ല പല ഫലങ്ങളാണ് അപ്പൊ അതത് കർമ്മത്തിന്റെ വിജയം എന്ന് പറയുമ്പോൾ അതത് ക്രിയകളാൽ ഉദ്ദേശിക്കപ്പെടുന്ന ഫലപ്രാപ്തിയാണ് അത് വിഭിന്നമാണ് എങ്കിൽ തന്നെയും എത്ര വിഭിന്നങ്ങളായ ഫലങ്ങളും ആവട്ടെ ഇച്ഛിക്കപ്പെടുന്നത് എത്ര വിഭിന്നങ്ങളായ ഫലങ്ങൾ ആവട്ടെ ഇച്ഛിക്കപ്പെടുന്നത് എല്ലാവരും സുഖം ഇച്ഛിക്കുന്നു ഈ സുഖം എങ്ങനെ പ്രാപിക്കുന്നു അവിടെയാണ് നമ്മൾ ഗുണങ്ങളെക്കുറിച്ചും ഗുണകാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചത് സുഖം എന്നുള്ളത് സത്വകാര്യമാണ് രജസിന്റെ കാര്യം ദുഃഖവും തമസിന്റെ കാര്യം മോഹവുമാണ് അതുകൊണ്ട് സുഖം ഇച്ഛിക്കുന്നുവെങ്കിൽ മൃത ഇച്ഛിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല സുഖം ഇച്ഛിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളിലെ കർത്താവിനെ സാത്വികനാക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മം സാത്വികമാവണം അപ്പോൾ എന്താണ് സാത്വിക കർമ്മം ആരാണ് സാത്വിക കർത്താവ് ഈ വിഷയങ്ങൾ വളരെ പ്രാധാന്യേന നമ്മൾ ശ്രദ്ധിച്ചു ഇങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമികമായി പല വിഷയങ്ങളെ നമ്മൾ പരിയാലോചിച്ചു അങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഏഴ് ദിവസം അല്ല എഴുന്നൂറ് ദിവസം ഒത്തുകൂടിയാലും തീരില്ല അത്രക്കേറെ വിപുലമായ മേഖലയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നമ്മൾ അറിഞ്ഞേ മതിയാവും എന്നുള്ളതാണ് കാരണം നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും വേറെ ഒരാൾ ചെയ്യുന്നതിനെയും ഒരു ചെയ്തിയേയും നമുക്ക് ക്രമീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജന്മലക്ഷ്യം നമ്മുടെ സുഖ ദുഃഖാതിപ്രാപ്തി നമ്മുടെ ഭാവി എല്ലാം തന്നെ കർമ്മങ്ങളിലൂടെ നമ്മളാണ് നിശ്ചയിക്കുന്നത് നിശ്ചയിക്കേണ്ടത് പ്രാപിക്കുന്നത് പ്രാപിക്കേണ്ടത് എന്നതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് അവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഏഴല്ല എഴുന്നൂറ് ദിവസം ഒത്തുകൂടിയും നമ്മൾ അറിയണം ചില സൂചനകൾ മാത്രം പറയാനേ ഇവിടെ സാധിക്കും ഇത്രയും ചിന്തിച്ചതിൻ്റെ ഒരു സാരം എന്ന രീതിയിൽ ഒരു വാക്യം ഗീതയിലുള്ളത് പറയാം ഇത്രയും ചിന്തിച്ചതിന്റെ സാരഭൂതമായിട്ട് ശ്ലോകം മുഴുവനാണെങ്കിൽ സംഘം ത്യക്തയെന്നാണ് സിദ്ധ്യ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ച എന്ന് വരും പക്ഷേ ഈയൊരു വാക്ക് യോഗസ്ഥ കുരു കർമാണി യോഗസ്ഥനായിട്ട് നീ കർമ്മങ്ങളെ ചെയ്യൂ യോഗസ്ഥനായിട്ട് കർമ്മങ്ങൾ ചെയ്യും കുരു കർമാണി കർമ്മങ്ങളെ നീ ചെയ്യൂ കർമ്മങ്ങളെ എന്ന് പറഞ്ഞത് കൊണ്ട് ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല കർമ്മങ്ങളെയും ഒരു കർമ്മത്തെയും ഒഴിവാക്കണ്ട നീ കർമ്മങ്ങളെ ചെയ്യൂ ൂ നമ്മളെല്ലാവരും ചെയ്തിരിക്കണം നമുക്ക് അധികാരമുള്ളത് കർമ്മത്തിലാണ് കർമ്മം ചെയ്തിരിക്കുക ബലചിന്തയിൽ നമുക്ക് അധികാരമില്ല ഫലചിന്ത വെടിയുക ബലചിന്ത വെടിയാൻ സാധിക്കുന്നില്ലല്ലോ ഈശ്വരാർപ്പണ ബുദ്ധിയെ സമാർജിക്കുക ഈശ്വരാർപ്പണ ബുദ്ധി എങ്ങനെ നേടാം പ്രപഞ്ചത്തിലെ മഹാകർമ്മത്തെ നിരൂപണം ചെയ്യാം എങ്ങനെയെങ്കിലും നീ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ചെയ്തേ മതിയാവും എങ്ങനെ യോഗസ്ഥനായി ഉണ്ടാകും യോഗം സമത്വബുദ്ധിയാണെന്നും യോഗം കർമ്മങ്ങളിലുള്ള കൗശലമാണെന്നും അതായത് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ഫലത്താൽ ബന്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന കൗശലമാണ് യോഗം കർമ്മത്തിന്റെ സിദ്ധിയിലും അസിദ്ധിയിലും നഷ്ടപ്പെടാത്ത സമത്വമാണ് യോഗം ചെയ്യാനുള്ളത് ചെയ്യുന്നു ഫലം സിദ്ധമാവട്ടെ സിദ്ധമാവാതിരിക്കട്ടെ അതിനാൽ ബാധിക്കപ്പെടാതെ ചഞ്ചലപ്പെടാതെ യാതൊരു ഭേദവുമില്ലാതെ സ്വച്ഛബുദ്ധിയോടുകൂടി ചെയ്യാനുള്ളത് ചെയ്യുന്നതാണ് യോഗം ഈ യോഗസ്ഥനായിട്ട് നീ കർമ്മം ചെയ്യൂ സാധാരണഗതിയിൽ നമ്മൾ ലോകസ്ഥന്മാരായിട്ടാണ് കർമ്മം ചെയ്യുന്നത് ലോകസ്ഥൻ ലോകസ്ഥൻ എന്നുള്ളത് മാറി യോഗസ്ഥനായി ചെയ്യുകയാണ് ആവശ്യം ലോകസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകബദ്ധൻ ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത് ലോകം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാണപ്പെടുന്നത് ലോക്യത്തെ ദൃശ്യത്തെ ലോക്യത്തെ ലോക്ക് ഇംഗ്ലീഷിലാവുമ്പോൾ ലുക്കായി ഒന്നു തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ലോക്യതീ കാണപ്പെടുന്നത് അതാണ് ലോകം അപ്പം ലോകസ്ഥനായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു കാണപ്പെടുന്ന വിഷയങ്ങളിൽ ബദ്ധരായിട്ട് അനുഭവിക്കുന്ന ഫലങ്ങളാൽ മാത്രം ബദ്ധരായിട്ട് അവൻ എങ്ങനെയുണ്ട് ഇവനെങ്ങനെയുണ്ട് അവനെന്ത് പറയും ഇവനെന്ത് പറയും ഞാൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് അവൻ്റെ അഭിപ്രായം എന്ത് അവളുടെ അഭിപ്രായം എന്ത് ഇങ്ങനെ ലോകസ്ഥന്മാരായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിരന്തരം കർമ്മത്തിലൂടെ സുഖ ദുഃഖങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു കാരണം അത് ലോകത്തിൻ്റെതാണ് ലോകത്തിൽ സുഖ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ വയ്യ മാനാപമാനങ്ങൾ ഇല്ലാതാക്കാൻ വയ്യ അതുകൊണ്ട് ലോകസ്ഥനായി നമ്മൾ കർമ്മം ചെയ്യുന്ന കാലത്തോളം നമുക്ക് സുഖദുഃഖാതിദ്വന്വങ്ങളുണ്ടാവും ഇവിടെയാണ് ഭഗവാൻ പറയുന്നത് നിൻ്റെ മനോഭാവം ഒന്ന് മാറ്റവും ചെറിയൊരു മനോഭാവത്തിലുള്ള പരിവർത്തനം അതേ വേണ്ടു യോഗസ്ഥനായി ചെയ്യൂ യോഗത്തിൽ സ്ഥിതനായി ചെയ്യൂ അതോടുകൂടി ഇന്നലെ വരെ നമ്മൾ നിബന്ധിച്ചിരുന്ന കർമ്മങ്ങൾ ഇന്ന് നിബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധികരങ്ങളായി തീരുന്നു അങ്ങനെ ചിത്തശുദ്ധികരമാകുമ്പോൾ കർമ്മം നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് സ്വാഭാവികമായി യജ്ഞമായി പരിണമിക്കുന്നു കർമ്മത്തെ സംബന്ധിച്ച് നമ്മുടെ വീക്ഷണം മാറുന്നു നമ്മുടെ കർമ്മം യജ്ഞമായി മാറുന്നു ഈ ഒരു മനോഭാവം ഇല്ലെങ്കിൽ യജ്ഞം എന്ന് പേരിട്ട് വിളിച്ചാലും യജ്ഞമാവില്ല എന്നാൽ യോഗസ്ഥനായി കർമ്മം ചെയ്യുന്ന സമയത്തോ സ്വാഭാവികമായി നമ്മുടെ കർമ്മം യജ്ഞമായി മാറും നമ്മുടെ ജീവിതം യജ്ഞമയമായി മാറും യജ്ഞമയമായ ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് ശാന്തിയാണ് നമുക്ക് സമാധാനമാണ് എന്നല്ല യജ്ഞമാണ് ഈ പ്രപഞ്ചവ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് കാരണം നമ്മളൊക്കെ സഹയജ്ഞാന്മാരാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും സഹയജ്ഞന്മാരാണ് ഒരു മന്ത്രം എപ്പോഴും ഓർമ്മിക്കുക ഗീതയിലെ ഒരു വാക്യമാണ് സഹയജ്ഞ പ്രജാഹ സഹ യജ്ഞ പ്രജാ സഹ യ പ്രജകളെല്ലാം എല്ലാം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ഇനി ബ്രഹ്മാവിനേക്കാൾ മേപ്പെട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവിടെ നിങ്ങട്ട് പുൽക്കൊടിക്ക് കീഴ്പെട്ട് നമുക്ക് പലതിനെയും അറിയാം ഏകകോശ ജീവികളെയോ അല്ലെങ്കിൽ ജീവൻ്റെ ഒരു സ്പന്ദനം മാത്രമുള്ള അതിസൂക്ഷ്മ കണികകളെയോ ഒക്കെ നമുക്കിന്നറിയാം അതുവരെ എടുത്തോളൂ ഇപ്പൊ ബ്രഹ്മാവ് മുതൽ വൈറസ് വരെ സകലവും ഒരു മഹായജ്ഞത്തിലെ കണ്ണികളാണ് ഒരു മഹായജ്ഞത്തിലെ പങ്കാളികളാണ് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക ഈ കാഴ്ചപ്പാട് ഇതാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും വ്യക്തികളുടെ ശാന്തിക്കും ഒക്കെയൊക്കെ അനിവാര്യമായത് ഒരു പുൽക്കൊടി പോലും നമ്മളെ അനുഗ്രഹിക്കുന്നു നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത്ര സൂക്ഷ്മങ്ങളായ സസ്യങ്ങളും സൂക്ഷ്മങ്ങളായ ജന്തുക്കളും നമ്മെ അനുഗ്രഹിക്കുന്നു അഥവാ സ്വാധീനിക്കുന്നു നമ്മൾ അവയെയും സ്വാധീനിക്കുന്നു അതുകൊണ്ട് നമ്മളെല്ലാം സഹയജ്ഞന്മാരാണ് ഈ തിരിച്ചറിവുണ്ടാവണം സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധം യേശോസ്തിഷ്ഠകാമധുക് സഹയജ്ഞന്മാരായി സകല പ്രജകളെയും രൂപപ്പെടുത്തി പ്രജാപതി പറഞ്ഞു ഇതിനെ കൊണ്ട് യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ വളർന്നാലും നമ്മൾ എല്ലാവരും എപ്പോഴും യജ്ഞഭാവനയിൽ കഴിയണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും യജ്ഞങ്ങളായി ഭവിക്കണം സ്വാഭാവികമായിട്ടും കർമ്മം യജ്ഞമാകുമ്പോൾ സ്വാഭാവികമായി കർമ്മഫലം പ്രസാദമായി കർമ്മസംബന്ധിയായ മഹത്വം നമ്മൾ ബന്ധിക്കാതായി കാരണം അവിടെ ചെറിയ മഹത്വം പോയിട്ട് വലിയ മമത്വമായി ചെറിയ ചെറിയ മേഖലകളിലല്ല ഇപ്പോൾ മമത്വം ഇപ്പോൾ മമത്വം ബ്രഹ്മാണ്ടത്തോളം വലുതായി ജീവൻ പരിമിത ഭാവത്തെ അതിക്രമിച്ചു അതുകൊണ്ട് യജ്ഞഭാവന ശരിയായ വിധത്തിൽ നമ്മളിൽ വരികയാണെങ്കിൽ സകല ജീവന്റെ പരിമിതികളിൽ നിന്നുമുള്ള ഉയർച്ചയാണത് അതുകൊണ്ട് തന്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തന്നു യജ്ഞത്തെ ഒരു കാരണവശാലും ഒഴിവാക്കരുത് യജ്ഞത്തെ ഒരു കാരണവശാലും ഒഴിവാക്കരുത് മൂന്ന് കർമ്മങ്ങളെ ഒഴിവാക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞു മൂന്ന് കർമ്മങ്ങളെ ഒഴിവാക്കരുത് ഏതൊക്കെയാണ് മൂന്ന് കർമ്മങ്ങൾ യജ്ഞം ദാനം തപസ് യജ്ഞദാന തപകർമ്മ ത്യാജ്യം കാര്യമേവ തത് ഓർമ്മിക്കുക യജ്ഞദാന തപക്കർമ്മ ത്യാജ്യം കാര്യമേവത യജ്ഞം ദാനം തപസ് ഈ മൂന്ന് കർമ്മങ്ങൾ ത്യാജ്യം ഒരിക്കലും ത്യജിക്കപ്പെടരുത് കാര്യമേവ തത് അത് ചെയ്യപ്പെടേണ്ടതാകുന്നു സദാ ചെയ്യപ്പെടേണ്ടതാകുന്നു നമ്മൾ ഏവരും ഓർമ്മിക്കുക ഒരു കാരണവശാലും ഒഴിവാക്കാതെ ദിവസവും അനുഷ്ഠിക്കാൻ ഭഗവാൻ വിധിച്ചിരിക്കുകയാണ് ഈ മൂന്ന് കർമ്മങ്ങളെ ചോദ്യം എന്തിനാണത് ഭഗവാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കണോ യജ്ഞം ദാനം തപസ് എന്നിവയെ ഉപേക്ഷിക്കരുത് അവയെ ചെയ്യണമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കണമോ കാരണം പറഞ്ഞു എന്നു യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനുഷ്യണം യജ്ഞം ദാനം തപസ് എന്നിവ പവിത്രകരങ്ങളാണ് നമ്മെ പവിത്രരാക്കി മാറ്റുന്നു നമ്മുടെ അന്ധകരണത്തെ ശുദ്ധമാക്കി മാറ്റുന്നു അന്ധകരണത്തിന്റെ പരിപൂർണ ശുദ്ധിയിൽ പിന്നെ നേടാൻ ഒന്നുമില്ല സത്വ ശുദ്ധോ ധ്രുവ സ്മൃതി അന്ധകരണത്തിന്റെ പരിപൂർണ ശുദ്ധിയിൽ ആത്മബോധം സുനിശ്ചിതമാകുന്നുനിഷത്ത് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് ചിത്രത്തെ ശുദ്ധമാക്കുന്നതിന് ഹേ അർജുന നമ്മൾ ഓരോരുത്തരോടും പറയാണ് യജ്ഞം ദാനം തപസ്തി കർമ്മങ്ങളെ ഒഴിവാക്കരുത് യജ്ഞം നേരത്തെ പറഞ്ഞു ഈശ്വരാർപ്പണഭ ഭാവത്തിൽ ചെയ്യുന്ന എല്ലാം യജ്ഞങ്ങളാണ് സമാജരൂപിയായിരിക്കുന്ന ഭഗവാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സേവകളും യജ്ഞങ്ങളാണ് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ ഒരാളോട് നല്ല വാക്ക് പറയുന്നുണ്ടോ ഒന്നും വേണ്ട ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടോ അതുപോലില്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് അതെ ഒന്ന് തുറന്ന് ചിരിക്കുന്നത് തന്നെ കുറഞ്ഞിരിക്കുക ചിരിച്ചതിൽ വേറെന്തോ ഒരർത്ഥമുണ്ടോ എന്നാണ് ചിന്തിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ ഇവിടുത്തെ എല്ലാ ജീവരാശിയും സഹയജ്ഞന്മാരാണെന്ന ആ ഒരു വീക്ഷണത്തോടുകൂടി നമ്മൾ എന്തു സേവ ചെയ്യുന്നുണ്ടോ അതെല്ലാം യജ്ഞമാണ് അതെല്ലാം യജ്ഞമാണ് യജ്ഞം എന്ന് പറയുമ്പോൾ കേവലം സ്വാഹ മന്ത്രത്തോടു കൂടി ചെയ്യുന്ന അഗ്നിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യത്യസ്ത ദേവതകളെ ഉദ്ദേശിച്ച് മന്ത്രസഹിതം ചെയ്യുന്ന ഹവിരർപ്പണങ്ങൾ മാത്രമല്ല അത് യജ്ഞമാണ് യജ്ഞഭാവന ഉണ്ടെങ്കിൽ യജ്ഞഭാവന ഇല്ലെങ്കിൽ അത് യജ്ഞമാവുകയില്ല യജ്ഞത്തെ യജ്ഞമാക്കുന്നത് ഭാവനയാണ് അതുകൊണ്ടോ യജ്ഞം ദാനം ഒരു കാരണവശാലും ഒഴിവാക്കരുത് ദാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അത് ഞാൻ കൊടുക്കുന്നു കൊടുക്കുന്ന ഞാൻ കേമൻ അല്ല ദാന ശബ്ദത്തിന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നൽകുന്ന അർത്ഥവ്യാഖ്യാനം യഥാശക്തി സംവിഭാഗം എന്നാണ് ശക്തിക്കനുസരിച്ച് വിഭജിക്കുന്നത് നമുക്ക് എന്തുണ്ടോ അതെല്ലാം നമുക്ക് ലഭിച്ചതാണ് നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് ലഭിച്ചതാണ് സത്സംസ്കാരം നമ്മൾക്കുണ്ടോ ജന്മ ജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളിലൂടെ ലഭിച്ചതാണ് ധനമുണ്ടോ ലഭിച്ചതാണ് വിദ്യയുണ്ടോ ലഭിച്ചതാണ് അന്നമുണ്ടോ ലഭിച്ചതാണ് ഇന്നതെന്നില്ല എന്ത് നമുക്ക് സമ്പത്തുണ്ടോ അതെല്ലാം നമുക്ക് ലഭിച്ചതാണ് എത്രയെത്ര ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ചിന്തിക്കുക നമുക്ക് തിരിച്ചറിവ് പോലും ഇല്ലാത്ത നമ്മൾ ഇന്ന് വരെ ഓർക്കുക പോലും ചെയ്തിട്ടില്ലാത്ത എത്രയോ ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ സമ്പദ് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് അതെ അറിയാവുന്ന ദേവതകളെയൊക്കെ നിരൂപണം ചെയ്യും വായു വെള്ളം സൂര്യൻ ചന്ദ്രൻ ഇനി വെള്ളം തന്നെ നദിരൂപത്തിൽ ഭൂമി എത്ര എത്ര എത്ര കോടാനുകൂടി ദേവതകൾ ഈ ദേവതകളുടെ മുഴുവൻ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിവിടെ ഇരിക്കാൻ പോലും സാധിക്കുന്നത് എല്ലാം നമുക്ക് ലഭിച്ചതാണ് ഈ തിരിച്ചറിവുണ്ടാവുക ലഭിച്ചവൻ്റെ കർത്തവ്യമാണ് പങ്കുവെക്കുക എന്നത് നമുക്ക് സമാജത്തിൽ നിന്ന് ലഭിച്ചു സമാജവുമായി നാം പങ്കുവെക്കണം നമുക്ക് വ്യക്തികളിൽ നിന്ന് ലഭിച്ചു വ്യക്തികളുമായി നമ്മൾ പങ്കുവെക്കണം ദേവന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചു ദേവന്മാരുമായി നമ്മൾ പങ്കുവയ്ക്കണം പങ്കുവയ്ക്കാത്തവൻ്റെ പേര് കള്ളനെന്നാണ് അനേക ദേവതകളുടെ അനുഗ്രഹ ഫലമായി ലഭിക്കുന്ന വസ്തുവകകളെ പുനരർപ്പണം ചെയ്യാതെ ആര് ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നുണ്ടോ അവന്റെ പേര് കള്ളനെന്നാണ് കള്ളനാണ് നമ്മളൊക്കെ ആലോചിക്കുക എത്രമാത്രം കള്ളന്മാരാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഒരിക്കൽ ഒരു സ്ഥലത്തു നിന്നൊരു പ്രഭാഷണം കഴിഞ്ഞ് സംശയനിവാരണ സമയത്ത് എഴുതി ചോദിക്കുകയല്ല നേരിട്ട് ചോദിക്കുക ഒരാൾ ചോദിച്ചു നിങ്ങൾ കള്ളനാണല്ലോ മുഖത്ത് നോക്കിയിട്ടാണ് അത് നല്ലതാണ് ചോദിക്കുന്നത് മുഖത്ത് നോക്കി സന്തോഷം നമുക്ക് വ്യക്തമായിട്ട് ചോദ്യം മനസ്സിലായി അതിന് ഉത്തരവും നൽകി പക്ഷെ അയാളുടെ രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഉത്തരവും നൽകിയില്ല നിങ്ങളെപ്പോലുള്ളവരൊക്കെ കള്ളന്മാരാണല്ലോ ആദ്യത്തെ ചോദ്യം സ്പഷ്ടമാണ് നിങ്ങൾ കള്ളനാണല്ലോ അതെനിക്ക് അറിയാവുന്ന വിഷയമാണ് രണ്ടാമത്തത് എനിക്ക് അറിയാത്ത വിഷയമാണ് നിങ്ങളെപ്പോലുള്ളവരും ആരാ നിങ്ങളെപ്പോലുള്ളവരും എന്നെപ്പോലെ ആരാ എന്നെ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഒരാളും പോലെ വേറെ ആരാള് ആരുമില്ല കൊച്ചു കുട്ടിയാവുമ്പോ ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോയപ്പോ ബന്ധത്തിൽപ്പെട്ട ഒരാൾ കണ്ടു തോന്നിയപ്പോ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു എന്നെ പോലെ ഒരാളിട്ടോ ടൗൺ ഉള്ളത് ആ കൊച്ചു കുട്ടിയാവുമ്പോട അമ്മേ എന്നെ പോലെ ഒരാളിട്ടോ കാഴ്ചക്ക് എന്നെപ്പോലെ തന്നെ കുട്ടി ഉണ്ട് അവിടെ ആ അങ്ങനെ ഉണ്ടാവുന്നാ പറയണത് ലോകത്തിലൊരേഴു പേരുണ്ടാവൂത്രേ ആകെ സമാനമായ ചില കാഴ്ചക്കൊക്കെ സാമ്യമുള്ള ആൾക്കാരെന്ന അമ്മയും പറഞ്ഞു പ്രശ്നം തീർന്നു പക്ഷെ എനിക്കറിയാം എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളു ലോകത്താരും ഇല്ല പിന്നെ ആ മോഹൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സന്യാസി എന്നാണോ പറയാൻ പാടില്ല കാരണം ഒരു ഗൃഹസ്ഥൻ കള്ളനായാൽ എല്ലാ ഗൃഹസ്ഥന്മാരെയും കള്ളന്മാരൊന്നും വിളിക്കാറില്ല ഒരു ഗൃഹസ്ഥൻ മോഷണം ചെയ്താൽ എല്ലാ ഗൃഹസ്ഥന്മാരും മോഷണം ചെയ്തു എന്ന് പറയാറുണ്ടോ ഇല്ല ഒരു ഗൃഹസ്ഥൻ നെറുകേട് ചെയ്താൽ എല്ലാ ഗൃഹസ്ഥന്മാരും നെറുകേട് ചെയ്തു എന്ന് പറയാറില്ല എന്നിരിക്കും ഒരു സന്യാസി നെറികേട് ചെയ്താൽ എല്ലാ സന്യാസിമാരെയും കുറ്റപ്പെടുത്താൻ പാടില്ല അപ്പം നിങ്ങളെപ്പോലുള്ളവരാര സന്യാസി അല്ല എന്തായാലും പിന്നെ മനുഷ്യനോ എങ്കിൽ അവനും ഞാനും മനുഷ്യന്മാർ തന്നെ പിന്നെ ആരാ നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലായില്ല ഇന്ത്യക്കാരാണോ പിന്നെ എന്താ അവന് ഉദ്ദേശം അറിയില്ല അതുകൊണ്ട് അവന് ഉത്തരവുമില്ല പക്ഷെ ആദ്യം ചോദിച്ച ചോദ്യം സ്പഷ്ടമാണ് നിങ്ങൾ കള്ളനാണല്ലോ നമ്മൾ പറഞ്ഞാതെ ഞാൻ കള്ളനാണ് പെരും കള്ളൻ ഞാൻ പെരും കള്ളനാണ് കള്ളനാണെന്ന് മാത്രമല്ല ഞാൻ കള്ളനാണെന്ന അറിവിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ കള്ളനാണെന്ന ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നാൽ ഞാൻ പറയട്ടെ നീയും കള്ളന നിനക്കതറിയോ ഇയാള് പാവാങ്ങ് ചമ്മിപ്പോയി അയക്കിങ്ങോട്ട് പറയാ അങ്ങോട്ട് കേട്ടുകൂടാ പറഞ്ഞാൽ ന്യായമില്ലാത്തതാണ് പാവം ആരുടെയൊക്കെയോ റെപ്രസെന്റേവിറ്റീവ് ആയിട്ടാണ് ഈ പറഞ്ഞത് ഗതി കേട്ട് കൊണ്ട് ചോദിച്ചതാ അല്ലാണ്ട് ഞങ്ങൾ ചോദിക്കാൻ വിചാരിച്ച ഉള്ള അല്ല ചോദിക്കുന്ന ഒരു കോളറൊക്കെ പൊക്കിയിട്ടാണ് എല്ലാരും റെപ്രസെന്റ് ചെയ്യുന്ന മട്ടിലൊക്കെയാ അവിടെ കൂടിയ ബഹുഭൂരിപക്ഷം പോർക്കും ഒരു വിഷമം പോലെ സ്വാമി കള്ളനാണെന്ന് അംഗീകരിച്ചപ്പോൾ എന്തിനും ഇപ്പം വേണ്ടാത്ത ജ്യോതിമൊക്കെ ചോദിച്ചു മട്ടിൽ അവനെയും നോക്കുന്നുണ്ട് സ്വാമി എന്തിനും ഇങ്ങനെ അഥവാ കള്ളനാണെങ്കിൽ തന്നെ അംഗീകരിക്കുന്നത് മട്ടിൽ സ്വാമി നോക്കുന്നുണ്ട് എനിക്കഥല്ല ഉണ്ടായ സംഭവമാണ് കുറച്ച് മുമ്പാണ് അധികം മുമ്പൊന്നുമല്ല രണ്ടോ കൊല്ലമായിട്ടുള്ളു രണ്ടോ മൂന്നോ ഞാൻ കള്ളനാണ് നമ്മൾ ഒരു ദിവസം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്രയാണ് ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്ര എത്ര പേര് കൂട്ടിയിട്ടുണ്ട് വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ വ്യാഗ്രത്തിലും സ്വപ്നത്തിലും ഒക്കെ അത് മുടക്കുന്നില്ല അങ്ങനെ വലിച്ചു കേട്ടുകും എത്ര മൈക്രോ മില്ലിഗ്രാം ഓക്സിജൻ ഉണ്ടെന്ന് കണക്കെടുക്കുക ഇൻഡു അമ്പതിനും അറുപതിനും ഇടയ്ക്ക് ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും ചുരുക്കൈക്കോട്ടെ അമ്പത് അതിനേക്കാൾ കുറയില്ല ഇൻഡു അറുപത് ഇൻഡു ഇരുപത്തിനാല് ഒരു ദിവസായി ഏതെങ്കിലും ഒരു ഇവിടെ അടുത്ത് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ ഓക്സിജൻ്റെ വില ചോദിക്കുക ഇത്ര കിലോഗ്രാം ഓക്സിജന് എത്ര റുപ്യയാവും നമ്മൾ ഞെട്ടിപ്പോവും ഒരു ദിവസം ഞാൻ വലിച്ചു കേട്ടുള്ളതോ ഇത്രയോ അവിടെ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ വില എത്രയാണ് ഒരു കുപ്പിക്ക് പതിനഞ്ച് റുപ്യ ഇരുപത് റുപ്പ്യണ്ടാകും എന്നൊക്കെ കൊള്ള ലാഭമാണ് ഒരു രണ്ടു റുപ്പ്യട എങ്കിൽ തന്നെ നമ്മൾ എത്ര രൂപയുടെ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ അനാവശ്യമായി വെള്ളത്തെ നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മുടെ ഏറെ പേരുടെയും പരിപാടി ഒരു പാട്ടുകൊണ്ട് നമ്മൾ തന്നെ മറ്റൊരു രാജ്യത്ത് പോയാൽ ചെയ്യുന്ന വെള്ളം ഇവിടെ ഒരു ബക്കറ്റ് കൊണ്ട് ചെയ്യും അതെ അതേ നമ്മൾ തന്നെ ജലം ദൗർലഭ്യമുള്ളൊരു പ്രദേശത്ത് ഒരു കുപ്പി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അതേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് ലിറ്ററുള്ള ബക്കറ്റോ ഉപയോഗിച്ചാലും മതിയാവില്ല ഇതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞ് തിരിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ സംശയമില്ല സാന്ദർഭികമായി പറയുന്നതാണ് അതിൻ്റെ ഒരു ശ്രീധന ഗുരുദേവൻ അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ എന്നൊക്കെ പറഞ്ഞും പറയാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഒരുപാട് സംഖ്യ വരും അന്നോ വസ്ത്രമൊക്കെ ഭഗവാൻ ഇങ്ങനെ തരും അതിൻ്റെ ഒക്കെ ഒരു പൈസ കൂട്ടി നോക്കുക ആ ആ ഭഗവാൻ തരുന്ന ഞാൻ കാശു കൊടുത്ത് മേടിക്കണതാ അവിടെ മേടിച്ചാൽ ഇറക്കാൻ പറ്റുവാ ഒക്കെ ഉണ്ടാക്കി വെച്ചു പായ ഉളക്കണമെങ്കിൽ അകത്തേക്ക് ആക്കണമെങ്കിൽ ഇനി ആക്കി തന്നെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആരും മറന്നു പറഞ്ഞു പോകരുതേ ഒരു സെക്കൻഡ് വേണ്ട ഇതൊന്നും നമ്മളൊക്കെ ആവാൻ ഒറ്റ സെക്കൻഡ് ചിന്തിക്കുക പക്ഷെ നമ്മൾ പറയും നിന്നെ ഞാൻ കാണിച്ചു ഒരു പാഠം നിന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വേറൊരാൾ വെറുതെ വിടാത്ത അതെ ചിന്തിക്കുക മറന്നു പോകരുത് ഒരിക്കലും മറക്കരുത് ഇരിക്കട്ടെ ഇത്രയൊക്കെ കണക്ക് കൂട്ടിയാൽ തന്നെ ധാരാളം ഇനി ധനതത്വശാസ്ത്രത്തിൽ സാമാന്യമായൊരു നിയമമാണ് നമ്മൾ ഉപഭോഗിക്കുന്നതിനേക്കാൾ ഏറെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സേവനമാണ് സർവീസ് എന്ന് പറയാം ഉപഭോഗിക്കുന്നതിനേക്കാൾ കുറച്ചാണ് കൊടുക്കണതെങ്കിൽ അത് ചൂഷണമാണ് ഉപഭോഗിക്കുന്നതിന് തുല്യമാണ് തിരിച്ചു കൊടുക്കണമെങ്കിൽ സേവനമല്ല ചൂഷണമല്ല ഇത്രയും പരിഗണിച്ചാൽ എനിക്കൊരു വിഷയം ഉറപ്പാണ് ഞാൻ ഉപഭോഗിക്കണം അത്രയൊന്നും സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണില്ല ഞാൻ പലതും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഇവിടെ വിളിച്ചു കൊളമ്പട്ടാവശ്യമില്ല പലതും ചെയ്യുന്നുണ്ട് ദിവസവും പല ചെയ്യുന്നുണ്ട് നമ്മുടെ സമാജത്തിൽ നമ്മളത് കഴിയുന്ന പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ ഗണിച്ചാലും അതിനൊക്കെ ഒരു മൂല്യം കൽപ്പിച്ചാലും എനിക്കുറപ്പാണ് ഞാൻ സ്വീകരിക്കുന്ന അത്രയൊന്നും തിരിച്ചു കൊടുക്കണില്ല അപ്പം ഞാൻ കള്ളനല്ലേ അപ്രതായ പെരും കള്ളൻ നമ്മളൊക്കെ കള്ളന്മാരാണെന്ന് ഓർമ്മിക്കുക അയ്യോ ഇപ്പത്രയും നേരം ദിവസം പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവസാനം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉപസംഹരിക്കണ ദിവസം നമ്മള് കള്ളന്മാരാണെന്നാണോ പറഞ്ഞു നിർത്തുന്നത് അതെ അപ്പൊ ഈ കള്ളന്നുള്ളതൊന്ന് കുറയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ കള്ളനല്ലാണ്ടാവാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഒന്ന് കുറയ്ക്കണ്ടേ ആ കള്ളന്റെ തോത് പെരു കള്ളന്നുള്ളതെല്ലാം മാറിയൊരു സാമാന്യ കള്ളനായാലൊരു സുഖ അതിന് എല്ലാരും പരിശ്രമിക്കണം അതിന് പരിശ്രമിച്ചേ മതിയാവും എല്ലാ മേഖലകളിലും ഒരു വൃക്ഷത്തായി കുഴിച്ചിടുക അത് മതി അതിനെ ഒരു ആളാക്കുന്നവരെ പരിപാലിക്കാം അത് മതി ഒരിക്കലേ ഒരാള് നമ്മളോട് നേരിട്ട് ചോദിച്ചു സ്വാമിയുടെ പേരെയൊക്കെ കുറേ കാലമായി കേൾക്കണത് സ്വാമിക്ക് നല്ല ഡെപ്പോസിറ്റ് ഉണ്ടോ ബാങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞമ്മടുണ്ട് ഒരുപാടുണ്ട് കണ്ടമാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എനിക്കൊരൊറ്റ സ്ഥലത്ത് തന്നെ കൊളത്തൂര് മാത്രം നൂറ് കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ് ഒരൊറ്റ സ്ഥലത്ത് ഉണ്ട് സ്ഥലത്ത് നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇയാൾക്ക് എന്തൊരു ബഹുമാനായിന്നറിയോ ആ സ്വാമി അയാൾ കേന്ദ്രം തന്നെ ഒറ്റ സ്ഥലത്ത് അയാൾ എന്ത് മനസ്സിലാക്കി എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല അത് വലിയ പൈസക്കാരനാന്ന് വിചാരിച്ചോട്ടെ നല്ല ചോദിച്ചാൽ കടം ചോദിച്ചാൽ കിട്ടുമോ ഞാൻ ഉദ്ദേശിച്ചു ആശ്രമത്തിന്റെ മുറ്റത്ത് തന്നെ ഒരാൽമരം കുഴിച്ചിട്ടിട്ടുണ്ട് ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരാൽമരം അതിന്റെ ആയുഷ്കാലം പുറത്തേക്ക് ഓക്സിജന്റെ വില നൂറ് കോടി രൂപയാണ് വെറുതെ പറയുന്നതല്ല ശാസ്ത്രീയമായി ആൽമരത്തിന്റെ ഒരു ദിവസം ആൽമരം പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവും അതിൻ്റെ വിലയും എല്ലാം കൂടി ഗണിച്ച് ശാസ്ത്രജ്ഞന്മാര് നമ്മളവിടെ പഠിപ്പിച്ചു തരുന്നു ഒരാൽമരം ആവറേജ് ആയുഷ്കാലത്ത് നൂറ് കോടി രൂപ വിലയുള്ള ഓക്സിജന് അന്തരീക്ഷത്തിലേക്ക് തരുന്നു ചിന്തിക്കുള്ള കാര്യങ്ങൾ നമുക്കാവുന്നത് ചെയ്യാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ വിശന്ന് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാം ഇരിക്കടാ നിന്റെയൊക്കെ കർമ്മഫലം അനുഭവിച്ചതർക്ക് എന്ന് പറഞ്ഞ് ആ കർമ്മഫലം നമ്മുടേതാക്കരുത് മറിച്ച് നമ്മളിൽ കഴിയുന്നത് പങ്കുവെക്കാം കഴിയുന്നത് ഒരാളോട് നല്ല വാക്ക് പറയാം ഒന്ന് പുറം തൊട്ട് തലോടി കൊടുക്കാം നമുക്ക് ഒത്തൊരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിമിതമായി നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ചാൽ ഓരോ പ്രദേശത്തുള്ളവരും ഒത്തൊരുമിച്ചാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഇവിടെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടാവും ഇന്ന് കേരളത്തെ സംബന്ധിച്ച് എല്ലാ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണർന്നു കഴിയും ഓരോ ക്ഷേത്രക്കാരും ഒന്ന് വിചാരിച്ചാൽ മതി ആ പ്രദേശം ആ ക്ഷേത്രത്തിൻ്റെ തട്ടകം അടുത്തിട്ട് അവിടെ വിവിധങ്ങളായ സേവകൾ ചെയ്യാൻ നിശ്ചയിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാവം മാറാം മാറ്റാം ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്താൽ കഴിയുന്നത് നമുക്ക് ഈ കള്ള എന്നുള്ള തോത് കുറയ്ക്കാം അതെല്ലാം പങ്കുവെക്കലാണ് ഈ പങ്കുവെക്കൽ എല്ലാം യജ്ഞത്തിലും ഉൾപ്പെടും ദാനത്തിലും ഉൾപ്പെടും പിന്നെ ഭഗവാൻ പറഞ്ഞു ഒരു കാരണവശാലും ഒഴിവാക്കാൻ വയ്യാത്ത മറ്റൊരു കർമ്മം തപസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നതും ഈ തപസ്സാണ് തപസ് തപസ് എന്ന് പറയുമ്പോൾ വികലമായ ഒരു ധാരണയും നമുക്ക് ഉണ്ടാവേണ്ടതില്ല കാരണം ചിത്രകഥകളും മറ്റും നമുക്ക് സമ്മാനിച്ച ഒരുപാട് വികല വീക്ഷണങ്ങളുണ്ട് തപസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം തപസ് ഒരു പുഴയുടെ തീരത്ത് ഇനിയങ്ങോട്ട് മെലിയാനില്ലാത്ത വിധം എലിഞ്ഞ് നീണ്ടൊരു താടി വേണ്ടേ അത് നിർബന്ധമാണ് പിന്നെ കൈവയ്ക്കാൻ ഒരു മരത്തിൻ്റെ ഒരു വേണ്ടേ അതും വേണം പിന്നെ കാഷായ വസ്ത്രം വേണ്ടേ കാവി അതും വേണം എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചില ചിത്രങ്ങൾ നമുക്ക് മുത്തശ്ശിമാരും ചിത്രകഥകളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിതവുമായൊരു ബന്ധവും തപസ്സിനില്ലെന്നാണ് അല്ല നമ്മുടെയൊക്കെ ജീവിതം തപസ്സാണ് നമ്മുടെയൊക്കെ ജീവിതം തപസ്സായിരിക്കണം ശങ്കരാചാര്യസ്വാമികളോ ഭഗവാൻ ഭാഷ്യക്കാര് ഭഗവാൻ ഭാഷ്യക്കാരൻ ഒരിടത്ത് സ്വ വർണ്ണാശ്രമധർമ്മേണ തപസ്സ എന്ന് പറഞ്ഞിരിക്കുക അവനവൻ്റെ വർണ്ണാശ്രമധർമ്മത്തെ പാലിക്കുന്നത് തപസ്സാണ് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി ധർമ്മത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സാണ് വിദ്യാർത്ഥിയുടെ ധർമ്മം പഠിക്കുക പഠിക്കുക പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്നുമല്ല അത് പഠിക്കുകയും പോരാടുകയും ഒന്നുമല്ല പഠിക്കുക പോരാടുക അല്ല പഠിക്കുകയ അതാണ് അവൻ്റെ ധർമ്മം ഗൃഹസ്ഥാശ്രമി ഉത്തമമായ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ പാലിക്കുമ്പോൾ നല്ല രീതിയിൽ സന്താനോൽപാദനം ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ ഐശ്വര്യവത്താക്കി നിലനിർത്തുന്നു സാമ്പത്തികമായി ഭദ്രതയുള്ള കുടുംബങ്ങളാക്കി നിലനിർത്തുന്നു നമ്മുടെ കുടുംബങ്ങളെ ശക്തമാക്കി നിലനിർത്തുന്നു സ്വത്ത് വിറ്റു നശിപ്പിക്കാതെ ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യുന്നു ഓരോ സന്ദർഭം വരുമ്പോഴും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് കുശലതയോടുകൂടെ ചെയ്യുന്നു അങ്ങനെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഭംഗിയായി പരിപാലിച്ചാൽ അത് തപസ്സാണ് വാനപ്രസ്ഥൻ ഇന്നില്ലാതെ പോകുന്നൊരു ഒരു വിഭാഗമാണ് വാനപ്രസ്ഥൻ്റെ കാലമായി വാനപ്രസ്ഥനാവാനുള്ള കാലമായി എന്നുള്ള സൂചനകൾ തന്നെ നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് എങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് പറയട്ടെ സൂക്ഷ്മ ഉപാസനകളെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിക്കായി കൊണ്ട് പരിശ്രമിക്കുന്നത് വാനപ്രസ്ഥന്റെ തപസ്സാണ് ആത്മാനുസന്ധാനത്തിൽ കഴിയുന്നത് സന്യാസിയുടെ തപസ്സാണ് ഇങ്ങനെ ഓരോ ആശ്രമത്തിൽ പെട്ടവരും അതത് ആശ്രമത്തിനുചിതമായ ധർമ്മം ആചരിക്കുന്നത് തപസ്സാണ് ഇനി കുറച്ചും മറ്റൊരു വിധാനത്തിലിരുന്ന് പറഞ്ഞാൽ മനസ്സേന്ദ്രിയം ചരമങ്ങളുടെയും ഏകാഗ്രതാ സമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെയും തപസ്സാണ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കാൻ ചെയ്യുന്നതൊക്കെയും തപസ്സാണ് അപ്പൊ നമ്മുടെ കരണങ്ങളെ നിയന്ത്രിക്കാൻ നിയമിക്കാൻ ശുദ്ധമാക്കാൻ നാം ചെയ്യുന്ന ജീവിത ക്രമങ്ങളൊക്കെ തപസ്സാണ് ഈ തപസ് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യേണ്ടതെന്ന് വിഭക്തങ്ങളാണ് ഇങ്ങനെയുള്ള തപസ്സുകളെ അനുഷ്ഠിക്കുക യജ്ഞം ദാനം തപസ് ഇവയെ കാരണവശാലും ഒഴിവാക്കാൻ വയ്യ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ കർമ്മത്തെ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടമാക്കി തീർക്കുകയാണ് ഇവിടെ നാം യജ്ഞദാന തപസ്സുകളിലൂടെ ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാന്ന് പറഞ്ഞു യജ്ഞദാന തപസ്സുകളെ അങ്ങനെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന യജ്ഞദാന തപസ്സുകളിലൂടെ കൂടുതൽ കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധി മാർജിതമാകുന്നു വിവേകം ദൃഢമാകുന്നു സ്ഥിതമാകുന്നു അങ്ങനെ വരുമ്പോൾ എപ്രകാരമാണോ കൃതാർത്ഥമാകുന്ന പുഷ്പം കൊഴിഞ്ഞു പോകുന്നത് എപ്രകാരമാണോ കൃതാർത്ഥമാകുന്ന കായ പൊട്ടിപ്പിളർന്ന് പതിക്കുന്നത് എപ്രകാരമാണോ ഉണങ്ങിയ ഇലകളും മറ്റും കൃതാർത്ഥമായി പതിക്കുന്നത് അതുപോലെ കർമ്മങ്ങളും അങ്ങ് പതിക്കും ഇപ്പൊ യജ്ഞം ദാനം തപസ്സ എന്നിവ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിക്കരുത് പക്ഷെ ഉപേക്ഷിതമാവുന്ന അവസ്ഥ ഒരു പൂവിൻ്റെ മൊട്ട് ആ മൊട്ട് പൂവായി വിടരുന്ന പ്രതിഭാസം അല്പമൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമത്തെ നോക്കി കിട്ടും കാരണം അതിലോലമായ ആ മൊട്ടിൻ്റെ ദളങ്ങൾ അതിങ്ങനെ വികസിച്ച് വരികയാണ് അതിലോലമായ ആ ദളങ്ങളുടെ അപേക്ഷയിൽ എത്ര വലിയൊരു അന്തരീക്ഷ സമ്മർദ്ദത്തെയാണ് അത് വകഞ്ഞു മാറ്റി ജയിക്കുന്നത് നമുക്ക് വലിയൊരു മർദ്ദം നമുക്ക് തോന്നില്ല അന്തരീക്ഷത്തിൽ നമ്മുടെ ബലത്തിൻ്റെ അപേക്ഷയിൽ പക്ഷേ ആ മൊട്ടിൻ്റെ ൂവിന്റെ ദളത്തിന്റെ ലോലതയെ മാനിച്ചൊന്നു ചിന്തിച്ചു നോക്കൂ തന്നെ അകത്തേക്ക് അമർത്താൻ ശ്രമിക്കുന്ന അന്തരീക്ഷ സമ്മർദ്ദത്തെ വകഞ്ഞു മാറ്റിയിട്ടാണ് അതൊരു പുഷ്പമായി വിടരുന്നത് ആ പുഷ്പം നിലനിന്നു പതുക്കെ പതുക്കെ പതുക്കെ അതിനുള്ളിൽ കായ രൂപപ്പെട്ടു കായ രൂപ രൂപപ്പെടുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ പുഷ്പം അപ്രസക്തമായി അത് വാടി ചിലപ്പോൾ ഉണങ്ങി താഴേക്ക് നിലം പതിക്കുന്നു ഇപ്പോൾ കായയായി കായയെ നിലനിർത്താൻ ചെടി വലിയ തപസ്സു ചെയ്യുന്നു ആ ചെടിയുടെ വലിയ തപസ്സിന്റെ ഫലമായി കായ നിലനിൽക്കുന്നു ആ ചെടി പൂർണ്ണമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കായയ്ക്ക് കൊടുക്കുകയാണ് വളരെ വളരെ കായ വളർന്നു വലുതായി ഉള്ളിൽ വിത്തുകൾ ഏറ്റവും പാകപ്പെട്ടു ഉള്ളിൽ വിത്തുകൾ ഏറ്റവും പാകപ്പെട്ടു പാകമായി കഴിഞ്ഞപ്പോൾ കായ പൊട്ടിപ്പളരുകയാണ് അത് അപ്രസക്തമായി എനിക്ക് അയയ്ക്ക് പ്രസക്തിയില്ല വിത്തായി കഴിയും ഇത് പ്രപഞ്ച നിയമമാണ് അതുകൊണ്ട് യജ്ഞം ദാനം തപസ് എന്നിവയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു ശരിയാണ് പ്രാഥമിക തലത്തിലെ കർമ്മങ്ങളെ അതിക്രമിക്കാനും കർമ്മങ്ങളെ കൊണ്ട് ചിത്തശുദ്ധിയും ഏകാഗ്രതയും നേടാനും യജ്ഞദാന തപസ്സുകൾ മാത്രമേ നമുക്കുള്ളൂ എന്നാൽ അവയെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവയും അപ്രസക്തമാകും അപ്രസക്തമാകുമ്പോൾ അവയും കൊഴിഞ്ഞു പോകും അങ്ങനെ സകല കർമ്മങ്ങളും കൊഴിഞ്ഞു പോകും എപ്പോ അവ അപ്രസക്തമാകുമ്പോൾ എപ്പോഴാണ് അവ അപ്രസക്തമാകുന്നത് നേരത്തെ നമ്മൾ ചിന്തിച്ചു ഇവിടെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറും കുളവും അപ്രസക്തമാകുന്നത് പോലെ അതുപോലെ സർവാത്മദൃഷ്ടി കൈവരുമ്പോൾ അഥവാ ണാകുന്ന പ്രപഞ്ചികാരങ്ങളൊന്നുമല്ല ഫലമായത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ സത്യം സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് ഈ ലോകവും പരലോകവും അതിലെ ഫലവിശേഷങ്ങളും ഒന്നും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ലാതായിരിക്കുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ സത്യ സാക്ഷാത്കാരം ഒന്നും മാത്രമാണ് എന്നെ സംബന്ധിച്ച് പ്രസക്തമായത് ഈ ഒരു തിരിച്ചറിവ് കൈവരുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് കൈവരുമ്പോൾ സ്വാഭാവികമായി ഈ തിരിച്ചറിവിലേക്ക് തന്നെ ഉയർത്തിയ കർമ്മങ്ങൾ അപ്രസക്തമായി പതിക്കുന്നു അപ്പോൾ കർമ്മങ്ങൾ തന്നെ ശുദ്ധഭാവത്തോടു കൂടി ആചരിക്കപ്പെടുമ്പോൾ കർമ്മത്തിനുപരി നമ്മളെ നയിക്കുന്നു ഈ രഹസ്യം മൈക്കിലൂടെ പറയേണ്ടതല്ല എങ്കിലും ഘട്ടം ഘട്ടമായി പല വിചാരപ്രക്രിയകളെ സ്വീകരിച്ചു കൊണ്ട് ഇവിടെ പറഞ്ഞു ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുന്നൂറ് ദിവസം പറഞ്ഞാലും തീരില്ല പക്ഷേ സംഗ്രഹിച്ച് ചില പ്രസക്തങ്ങളായ ആശയങ്ങൾ പറഞ്ഞു തന്ന മാത്രം ശരി സന്തോഷം ഭസ്മം ഉണ്ടാക്കുന്നതിൻ്റെ വിധവും ഭസ്മധാരണ രീതിയും ഭഗവാനെ ഭസ്മം ധരിക്കേണ്ടതിനെ പറ്റിയും ലഘുവായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു നല്ലതാണ് ഭസ്മം ശരിക്കും ആർക്കും വിരോധം തോന്നുന്നില്ലെങ്കിൽ പറയാം ശ്മശാന ഭസ്മമാണ് ചിതയിലെ ഭസ്മം ശവം കത്തിക്കരിഞ്ഞ ശേഷം ഉണ്ടാവുന്ന ഭസ്മം ഈ ഭസ്മമാ ശിവം ധരിച്ചു തുളിച്ചാടി നടക്കണേ ആനന്ദ നൃത്തം ചെയ്യുന്നെസ്മ ലെ ചിതാഭസ്മ ഇതൊക്കെ പന്ന് പറഞ്ഞാ പോലാ പ അപ്പൊ ഭസ്മെന്ത് ഈ പ്രപഞ്ച വികാരങ്ങൾ എല്ലാം കത്തിച്ചാമ്പലാകും ഞാൻ എൻ്റെ നീ നിന്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടു നടന്നല്ലോ ഈ പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് പോലും കണ്ണാടിയുടെ മുമ്പിൽ എത്ര നേരം നിന്നെന്ന് അവരവർക്കറിയാലോ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്നും അറിഞ്ഞു നോക്കി തിരക്കേടില്ല എന്ന് പറഞ്ഞ് ഒക്കെയാണല്ലോ ഇവിടെ ഇറക്കം വരുന്നത് ഇവിടെ അല്ല കേട്ടോ ഈ കൂട്ടത്തിൽ ആരുമല്ല അങ്ങനെയൊക്കെയാണ് പുറത്ത് പൊതുവേ പതിവെന്ന് പറയുകയാണ് അങ്ങനെയുള്ള ഈ സാധനം ഒരു പിടിവെണ്ണീറായിത്തീരും അത്രയുള്ളു ഇതാണ് സത്യം ഇതവശ്യം ഭാവിയായ സത്യമാണ് ഇത് ജീവിതത്തിൽ ഓർമ്മിക്കുക ഇത് ഓർമ്മിച്ചേ മതിയാവും സക്കല പ്രപഞ്ച വൈജാത്യങ്ങളും കത്തിവെണ്ണീറാവും ഈ ഒരു ധാരണയെ നിത്യവും പുലർത്തുക അതിനായിക്കൊണ്ട് ദിവസവും ഭസ്മം ധരിക്കുക ഇതു സ്വാമി വളരെ ഉയർന്ന തലമാണല്ലോ പറഞ്ഞത് ഇത്രയ്ക്കൊന്നും വേണ്ട സാധാരണ ലൗകികമായി പറഞ്ഞാൽ മതി എങ്കിൽ പരിശുദ്ധമായ ഗോമയം ഗോമയം ചാണകം അല്പം ഗോമൂത്രം ചേർത്ത് കഴിയുമെങ്കിൽ ഭൂസ്പർശമില്ലാതെ എടുത്ത് നല്ല പോലെ ഉണക്ക് എന്നിട്ട് ഉചിതമായ ഭക്തിഭാവത്തോടുകൂടി അങ്ങോട്ട് കത്തിക്കുക അത്രയെടുക്കും നല്ലപോലെ കത്തി എന്നിട്ട് അതെടുത്ത് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി ഒന്നും കൂടി കത്തിച്ച് നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ഭസ്മം ലഭിച്ചു അത് നല്ലപോലെ അതിലെ മണ്ണും മറ്റും നീക്കം ചെയ്യാൻ വേണ്ടി അരിച്ചെടുത്ത് ഊറ്റിയെടുത്ത് ശേഖരിച്ച് വെക്കാം വേണമെങ്കിൽ ഔഷധങ്ങളായി പച്ചക്കർപ്പൂരോ ഒക്കെ ചേർക്കാം എന്നിട്ടങ്ങോട്ട് ധരിക്കാം അങ്ങനെ ധരിക്കുമ്പോൾ പുരുഷ ഭാവത്തിൽ ഈശ്വരഭാവത്തിൽ നമ്മൾ ഭസ്മത്തെയും പ്രകൃതി ഭാവത്തിൽ ശക്തിഭാവത്തിൽ വെള്ളത്തെയും മനസ്സിൽ കണ്ട് അവയെ കുതിർത്തുന്നു വെള്ളത്തിൽ കുതിർത്തുന്നു പ്രകൃതി പുരുഷ സമ്മിളിത ഭാവമായ സമ്പൂർണ പ്രപഞ്ചവും അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ താൻ ധരിക്കുന്നു മൂലമന്ത്രത്തോടു കൂടി തനിക്ക് ഗുരുനാഥൻ ഉപദേശിച്ച ഏതെങ്കിലും മന്ത്രങ്ങളാവാം അല്ലെങ്കിൽ ഓം നമശിവായ ആവാം ഇനി വിശിഷ്ടങ്ങളായി പ്രത്യേകം പ്രത്യേകം സമ്പ്രദായ ഭേദമനുസരിച്ച് ഉപദേശിക്കപ്പെട്ട മന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങ് ധരിക്കാം ഭസ്മം ദേഹത്തുടനീളം ധരിക്കാം എവിടെയും ധരിക്കാം എപ്പോഴും ധരിക്കാം അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അനിത്യത്വത്തെ ഓർമ്മിച്ചുകൊണ്ട് പ്രകൃതി പുരുഷ സമ്മിളിത രൂപമാണ് ഈ പ്രപഞ്ചം അഖിലവും എന്ന ധാരണയെ ഉറപ്പിച്ചുകൊണ്ട് ഭസ്മധാരണം ചെയ്യുക ഇരുസന്ധ്യകളിലും ചെയ്യുക നല്ലതാണ് ചെയ്യണ്ടെന്നുള്ളവര് ചെയ്യണ്ട ചെയ്യണം എന്നുള്ളവര് ചെയ്യല്പനാൾ മുമ്പ് മാർഗദർശക് മണ്ഡലം എന്നൊരു സംഘടനയുടെ ഒരു യോഗത്തെ പറ്റി പത്രവാർത്ത കാണുകയുണ്ടായി സ്വാമിജി ആ സംഘടനയിൽ ഒരു ഉത്തരവാദിത്തം വഹിക്കുന്നുവെന്നും മനസ്സിലായി സർവസംഘ പരിത്യാഗികളായി അറിയപ്പെടുന്ന സന്യാസി പര്യന്മാർക്ക് ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ പ്രാപ്തമായൊരു സംഘടനയായി ഈ സംഘടന മാറിയോ സ്വാമിയുടെ അഭിപ്രായം അറിയിക്കാൻ അപേക്ഷ ഏറ്റവും പ്രധാനം ഈ കേരള രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് എന്താ ഉദ്ദേശിക്കപ്പെടുന്നത് ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞ വാക്ക് പ്രയോഗിക്കാൻ തന്നെ നമുക്ക് വളരെ സങ്കോചമാണ് സന്ദേഹമാണ് കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കപ്പെടുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയ ശബ്ദം കൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ശബ്ദം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ രാഷ്ട്രശബ്ദത്തോട് ചേർന്ന് ഈയ പ്രത്യയം വരുമ്പോഴാണ് രാഷ്ട്രീയം എന്നുള്ള ശബ്ദം സിദ്ധമാകുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രത്തിൻ്റെ തനത് സംസ്കാരം രാഷ്ട്രത്തിൻ്റെ തനത് സംസ്കാരം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അതിനെക്കുറിച്ച് നമ്മൾ എല്ലാം ആലോചിക്കണം എല്ലാം എല്ലാവർക്കും രാഷ്ട്രീയ ചിന്ത ഉണ്ടാവണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ചിന്തയും രാഷ്ട്രത്തോട് തനിക്കുള്ള പ്രതിബദ്ധതയും എനിക്ക് രാഷ്ട്രത്തിന് നൽകാൻ എന്തുണ്ട് എന്നുള്ള സമർപ്പണഭാവവും നമുക്ക് കൈവന്നാലേ നമ്മൾ പൗരന്മാരാവും ഖേദകരമെന്ന് പറയട്ടെ നമ്മളേറെ പേരും രാഷ്ട്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്നാണ് ആലോചിക്കുക എന്ത് കിട്ടാനുണ്ട് അധികാര അവകാശങ്ങൾ എന്ത് നേടാനുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കും എന്നാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മുമ്പ് വേണ്ടത് ബാധ്യതകൾ നിർവഹിക്കുക കാരണം അമ്മ നമുക്ക് ജന്മം തന്നു അമ്മ നമ്മളെ പോറ്റി വളർത്തി ഇത്രയാക്കി ഇനി നമുക്ക് അമ്മയിൽ നിന്ന് ഇങ്ങോട്ട് അവകാശമാണോ അല്ല അമ്മയോടങ്ങോട്ട് ബാധ്യതയാണോ ചിന്തിക്കുക ബാധ്യതയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ എവിടെ ജോലി ചെയ്യുന്നവരായാലും അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക എന്നാൽ നമ്മുടെ രാഷ്ട്രം ഉയരും ഇല്ലെങ്കിൽ രാഷ്ട്രം നരിച്ചാലും നമുക്ക് തിരക്കേടില്ല നമ്മുടെ പോക്കറ്റ് നന്നായാ മതി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ബാധ്യതയെക്കുറിച്ച് ആലോചിക്കുക അത് രാഷ്ട്രീയമാണ് പൗരലക്ഷണമാണ് അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ എന്ന രൂപത്തിൽ എന്തെങ്കിലുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർഗദർശക് മണ്ഡലിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അല്ല രാഷ്ട്രത്തിൻ്റെ ചിന്തകൾ രാഷ്ട്രത്തിൻ്റെ അസ്തിത്വം രാഷ്ട്രത്തിൻ്റെ മഹിമാബോധം ഇത് സമൂഹത്തിൽ പ്രസരിപ്പിക്കുക എന്നുള്ള വിഷയത്തിലാണെങ്കിൽ മാർഗദർശക് മണ്ഡലം ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് ബന്ധവുമുണ്ട് മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി നാലിൽ പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയ മിഷൻ സ്ഥാപകനും ലോകം മുഴുവൻ ഭഗവത്ഗീതയും വേദാന്ത ചിന്തയും ഏറ്റവും ശക്തമായി ഈ അടുത്ത കാലത്ത് പ്രസരിപ്പിച്ച മഹാപുരുഷനുമായിരുന്ന പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ അതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമാചാര്യനായിരുന്ന ഗുരുജി നാല് ശങ്കരാചാര്യന്മാരും കാഞ്ചി കാമകോടി പീഠാധിപതിയും പേജാവർ മഠാധിപതിയും ഇങ്ങനെയുള്ള മഹാത്മാക്കൾ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് വിശ്വഹിന്ദു പരിഷത്ത് ആ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നയരൂപീകരണത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാന ആലംബമാക്കേണ്ടത് സമൂഹത്തിൽ ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്യുന്നവരും ആചാരപ്രചരണം ചെയ്യുന്നവരുമായ ആചാര്യന്മാരാണ് വിശേഷിച്ച് വ്യത്യസ്ത സമ്പ്രദായ ഭേദങ്ങളിലുള്ള സന്യാസി വര്യന്മാരാണ് കേവലം അദ്വൈതികൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്വൈതികളും വിശിഷ്ട അദ്വൈതികളും എല്ലാവരും ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ ഒരു മണ്ഡലി ഉണ്ടാവണം അവരുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകണം അതുപോലെ ഭാരതത്തിലുടനീളം ധർമ്മശാസ്ത്രത്തെ പ്രസരിപ്പിക്കുന്നവർ കാലികമായി ഒത്തുകൂടി സമാജത്തെ സംബന്ധിക്കുന്ന ചില ദിശാബോധങ്ങളെ നൽകണം എന്ന നിലയ്ക്ക് മാർഗദർശക് മണ്ഡൽ രൂപീകരിക്കപ്പെട്ടു ആ മാർഗദർശക് മണ്ഡലിനും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുണ്ട് അതുപോലെ കേരളത്തിലും ഉണ്ട് കേരളത്തിലും ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഈ പത്രത്തിൽ വായിച്ചത് ഈ അടുത്ത കാലത്ത് അടുത്ത ഒരു ഏതാനും രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് എറണാകുളത്ത് നടന്ന യോഗമായിരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പഠന ശിബിരങ്ങൾ നടക്കാറുണ്ട് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് ആനുവൽ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാർഗദർശക് മണ്ഡലത്തിന് മീറ്റിംഗ് ഉണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മാർഗദർശക് മണ്ഡലം സാമാന്യം നന്നായി പ്രവർത്തനം നടക്കുന്നു മുമ്പ് സത്യാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയ മഹാപുരുഷന്മാർ നേതൃത്വം കൊടുത്തിരുന്ന മുമ്പ് ഇപ്പം ഏതായാലും സാന്ദർഭികമായി മാർഗദർശക് കേരളത്തിന്റെ പ്രസിഡന്റ് ആണ് സ്വാമി ചിദാനന്ദപുരി ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ചോദ്യം സർവസംഘ പരിത്യാഗികളായി അറിയപ്പെടുന്ന സന്യാസി വര്യന്മാർക്ക് സംഘടന ആവശ്യമുണ്ടോ സർവ്വസംഘ പരിത്യാഗികളാണെങ്കിൽ അവർക്കറിയാമല്ലോ ആണോ വേണ്ടത് സർവസംഘ പരിത്യാഗിക്ക് വേദാന്ത പ്രചരണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ധർമ്മപ്രഭാഷണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉപനിഷത്ത് ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല ഒരാവശ്യമില്ല ഒരാവശ്യമില്ല എന്നാൽ ആവശ്യമുണ്ട് ഉപനിഷത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന യതിചര്യ എട്ട് മാസവും സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥലത്തും താമസമില്ല ഒരു ഗ്രാമത്തിൽ എട്ടിപ്പെട്ടാൽ ഒരു രാത്രി താമസിക്കാൻ അധികാരമുണ്ട് ഒരു വലിയ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് രാത്രി താമസിക്കാം വലിയൊരു തീർത്ഥ പ്രദേശത്ത് അഞ്ച് രാത്രി വലിയൊരു പട്ടണത്തേഴ് രാത്രി അത്രയുള്ള അവർ കവിഞ്ഞ് താമസിക്കാൻ അധികാരമില്ല ഇതാണ് എത്തിച്ചര്യ നമ്മൾ കാണുന്നത് തോരാതെ മഴ പെയ്യുന്ന നാല് സഞ്ചരിക്കാൻ വയ്യ അപ്പം എവിടെയെങ്കിലും ഇത് അടങ്ങിയിരുന്നുള്ളൂ ഇതാണ് എതിചര്യ എന്നാൽ പിന്നീട് സനാതനധർമ്മ സംസ്ഥാപനത്തിനും ശാസ്ത്രപ്രചരണത്തിനും വേണ്ടത്ര പരിശ്രമം ഗൃഹസ്ഥന്മാർ ചെയ്യാത്തത് കൊണ്ടായിരിക്കണം ശങ്കരാചാര്യസ്വാമികൾ മഠങ്ങൾ സ്ഥാപിക്കുകയും ആ മഠങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധർമ്മശാസ്ത്ര പ്രചരണത്തിനാവുന്നതെല്ലാം ചെയ്യാനുള്ള നിർദ്ദേശം സന്യാസിമാർക്ക് നൽകുകയും ചെയ്തു മഠാംനായം എന്ന നിയമഗ്രന്ഥവും എഴുതി അതിനുശേഷമാണ് സന്യാസിമാർ ധർമ്മശാസ്ത്ര പ്രചരണമൊക്കെ ആരംഭിച്ചത് കാലം പിന്നീട് വീണ്ടും കഴിഞ്ഞു ഏത് പ്രസ്ഥാനമായാലും ഏത് വ്യവസ്ഥയായാലും കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൂസായി ലൂസായി ലൂസായി വരും പിന്നെയും ടൈറ്റാക്കണം ഏത് പ്രസ്ഥാനത്തിനും ആവശ്യമാണ് പിന്നെയും സന്യാസിമാരുടെ ഈ സംഘടിത സ്വഭാവത്തിനൊക്കെ വളരെയധികം ഒരു ഒരു ശക്തിക്കുറവ് ഉണ്ടായിത്തീർന്നു മുഗളന്മാരുടെ ഭരണകാലത്ത് സന്യാസിമാരെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോയി ഹിംസിക്കുന്ന ഇടപാട് വളർന്നു സന്യാസിമാരുടെ നഖത്തിനുള്ളിലൂടെ ആണി അടിച്ച് കയറ്റുക മൂത്രദ്വാരത്തിനുള്ളിലൂടെ കമ്പുകൾ കയറ്റുക ഇഞ്ചിഞ്ചായി അവരെ പീഡിപ്പിച്ച് കൊല്ലുക കാരണം ഹിന്ദുധർമ്മത്തെ ശക്തമായി സമൂഹത്തിൽ നിലനിർത്തുന്നത് സന്യാസിമാരാണ് അതില്ലാണ്ടാക്കണം ഈ സമയത്താണ് സർവജ്ഞനായിരുന്ന വിദ്വത് വരിഷ്ഠനായിരുന്ന മധുസൂദന സരസ്വതി സ്വാമികൾ അഖാടകൾ സ്ഥാപിക്കുന്നത് മുമ്പ് ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ച മഠങ്ങളെയും മഠങ്ങളുടെ പിന്തുടർച്ചയായിട്ടുള്ള സമ്പ്രദായങ്ങളെയും ഒന്നും നിരസിക്കാതെ ഒന്നിനെ നിരസിക്കാതെ അതിനെല്ലാം ചേർത്തുകൊണ്ട് അഖാടകൾ രൂപപ്പെട്ടു അഖാടകൾ ആയുധ പരിശീലന കേന്ദ്രങ്ങളാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു സന്യാസിമാരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകപ്പെട്ടു അവർ ശൂലം കൊണ്ടും വാളുകൊണ്ടും എതിർത്തു ഭ്യാസങ്ങളെ കൊണ്ട് എതിർത്തു ഇന്നും അഖാടകൾ നിലവിലുണ്ട് നിങ്ങൾ കുംഭമേളയുടെ വല്ല രംഗങ്ങളൊക്കെ ടി വിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അഖാടകളിലെ യോഗികളുടെ അഭ്യാസങ്ങൾ പലതും കാണും കുംഭമേളകൾ ഇതൊക്കെ സന്യാസിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും സന്യാസി എന്നുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല സന്യാസിയാൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ധർമ്മ സംസ്ഥാപനം നടക്കണമെങ്കിൽ ശക്തി കൊണ്ടെടുത്ത് ശക്തി വേണം ഏകത വേണ്ടടുത്ത് ഏകത വേണം ചിന്തിക്കുക ആ രീതിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സ്വാമി ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം ലളിത ജീവിതം നയിക്കേണ്ട അങ്ങ് ഈ വിലപിടിപ്പുള്ള ആഡംബരക്കാർ ഉപയോഗിക്കുന്നത് ശരിയാണോ യാത്ര ചെയ്യാൻ ഒരു വാഹനം അതല്ലേ പാടുള്ളൂ എന്തിനാ അത് നടന്നു പോയ പോലെ കാരണം പണ്ടുകാലത്ത് സന്യാസിമാര് നടന്ന് നടന്ന് സഞ്ചരിച്ചവരാണ് കൽനടയായിട്ട് മെതിയടി ഉപയോഗിക്കാൻ പാടില്ല പിന്നെന്തിനാ കാറ് ബസ് കയറാൻ പാടില്ല തീവണ്ടി കയറാൻ പാടില്ല കാർ അന്ന് ബസ്സും തീവണ്ടിയും ഇല്ല അതുകൊണ്ടാണ് അപ്പൊ പിന്നെ ഒരു കാർ എന്തിനാ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം എന്തിനാ അതിന്റെ ഒരു ആവശ്യം ഇല്ലാത്തതാണ് ഷമ നാളപ്പ പോകേണ്ടത് വിമാനത്തിലും ഒരു രക്ഷയില്ല ചിന്തിക്കുക ഇത് പ്രായോഗികമായി നമ്മുടെ പ്രവർത്തനം സമൂഹത്തിൽ നടക്കും നടക്കണം അതിനുതകുന്ന മാർഗവിധാനങ്ങൾ രീതി വിധാനങ്ങളൊക്കെ സ്വീകരിക്കും എല്ലാ കാലത്തും എല്ലാവരും സ്വീകരിച്ചു പോന്നു അത്ര മാത്രമേ ഉള്ളു അതിൽ യാതൊരു ആഡംബരവും ഇല്ല ആഡംബരവും ഇല്ലായ്മയോ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല ഒന്നും വന്നു ചേരണം പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കുന്നില്ല വന്നു ചേരുന്നതിനൊക്കെ അപേക്ഷിക്കുന്നു പോണേനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇതിന് ഇതിനേക്കാൾ ആഡംബരം വന്നു ചേർന്നു സന്തോഷമായിട്ട് സ്വീകരിക്കും കാരണം ആഡംബര ദൃഷ്ടി അതിലില്ല കാണും നൽകുന്ന ആഡംബര ദൃഷ്ടി നമുക്കില്ല ഇത് പറയുന്ന സമയത്ത് ഓർമ്മ വരുന്ന രസകരമായൊരു സന്ദർഭം സാന്ദർഭികമായി ഈ പറയുന്ന കഥയിലെ മുഖ്യ കഥാപാത്രം ഇവിടെ തന്നെ ഉണ്ട് ഈ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഇവിടെ അടുത്തൊരു പ്രദേശത്ത് ഒരു പരിപാടി നിശ്ചയിച്ചു ചിദാനന്തപുരസ്വാമിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു ചിദാനന്തപുരിസ്വാമി വരാമെന്നും പറഞ്ഞു എന്നിട്ട് ഒരു എന്താ വാഹനത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ മോപ്പട്ടെന്ന് പറയാം സ്കൂട്ടറും അല്ല സൈക്കിളും അല്ല സൈക്കിളായിട്ടും ഉപയോഗിക്കാം സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാം ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ ഞങ്ങൾ രണ്ടു പേരും കൂടി കൊളത്തു വരുന്ന് പുറപ്പെട്ടു ഭംഗിയായിട്ട് പരിപാടി നടന്നു തിരിച്ചു പോയി പിറ്റേന്നൊരാൾ ചോദിച്ചു സ്വാമി വളരെ മോശമായൊരു പരിപാടി ചെയ്തല്ലോ എന്താ സ്വാമി ഒരു സൈക്കിളിൻ്റെ പേക്ക് പോയി എന്ന് കേട്ടു എന്ന് നിങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ സന്യാസിക്ക് ചേർന്നതാണ് സന്യാസി ചോദിച്ചാൽ കാറിലല്ലേ പോകാൻ പാടുള്ളൂ കാറ് വരാൻ പറയണം കാർ കയറി പോകണം നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നടന്ന് പോകേണ്ട അടുത്ത് നടന്നു പോകും കാറ് കൊണ്ടു വന്നാൽ കാറ് കയറും സൈക്കിളെ കൊണ്ടു വന്നാൽ സൈക്കിളിൽ കയറും ഓരോ സന്ദർഭത്തിൽ എന്ത് പ്രാപ്തമാകുന്നോ അത് സ്വീകരിക്കും ഇനി ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ അത് ചെയ്യുന്നത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ മാറി തരാം എന്റെ മനോഭാവം അതാണ് അത്രേ ഉള്ളു ഞങ്ങൾ സുഖമായിട്ട് മോപ്പിൽ യാത്ര ചെയ്തു പ്രസംഗം ചെയ്തു പോന്നു പിന്നീട് ആശ്രമത്തിൽ ധാരാളം പരിപാടികൾ കൂടിയപ്പോ എല്ലാ സ്ഥലത്തും എത്തിപ്പെടണം ഇപ്പൊ കാർ ജീപ്പ് വിളിക്കാൻ തുടങ്ങി അന്ന് ശരീരത്തിൻ്റെ സ്ഥിതിയും പ്രശ്നമൊന്നുമില്ല പ്രായവും കുറവാണ് ശരീരത്തിന് രോഗങ്ങളൊന്നുമില്ല ആ പെണ്ണും ജീപ്പ് വിളിച്ച് പോകും പിന്നെ പിന്നെ ജീപ്പിന് കൊടുക്കുന്ന പൈസയും ഒക്കെ കൂടി കണപ്പ് കൂട്ടി നോക്കിയപ്പോൾ ഒരു വണ്ടി വാങ്ങാമോന്നായി അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് മഹീന്ദ്രയുടെ ഒരു മർഷൻ വണ്ടി വാങ്ങി അപ്പൊ കണക്കൂട്ടി നോക്കുമ്പോൾ ഡീസലും ഡ്രൈവറെ ചെലവും പിന്നെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും ഈ അടവിന്റെ അത്രയാവണില്ല ജീപ്പിന്റെ വാടകൻ്റെ അത്ര ആവണില്ല അതിനേക്കാൾ മെച്ച ആ പരിപാടി തിരക്കേടില്ലല്ലോ അങ്ങനെ കൂടി വന്നു വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ധാതുശക്തി ഏറ്റവും നഷ്ടപ്പെടുന്ന പരിപാടിയാണ് പ്രസംഗം പുറത്തു കാണാനുണ്ടാവില്ല പക്ഷെ ധാതുശക്തിയാണ് നഷ്ടപ്പെടുക അവൻ്റെ സൂക്ഷ്മ പ്രാണശക്തിയാണ് പ്രസംഗം കൊണ്ട് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എത്ര അധികം പ്രസംഗം ഉണ്ടോ അത്രയ്ക്കധികം ഉള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പുറത്ത് ആൾക്കാരറിയില്ലയെന്ന് മാത്രം അങ്ങനെ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ജീപ്പിൽ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിടക്കേണ്ട അവസ്ഥ വന്നു അപ്പഴത്തേക്ക് അതിൻ്റെ അടവൊക്കെ കഴിഞ്ഞു അതിൻ്റെ അടവെല്ലാം കഴിഞ്ഞപ്പോൾ അത് വിറ്റപ്പം നല്ലൊരു വില കിട്ടി അപ്പോൾ കുറച്ചും കൂടി കുലുപ്പം കുറഞ്ഞാൽ വണ്ടി മേടിച്ചു ആഡംബരം ഉദ്ദേശിച്ചിട്ടല്ല ഒരിക്കലും ആഡംബരം ഉദ്ദേശമില്ല ആഡംബരം എന്നൊരു സങ്കല്പം നമുക്കില്ല നിങ്ങൾ എന്ത് ആഡംബരം മേടിച്ചോളൂ അത് സന്തോഷമായി സ്വീകരിക്കും ആഡംബരം എന്നുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ സ്വീകരിക്കില്ല അതില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു പൊളി ഉറവ് മേടിച്ചു അതും ഈ പറഞ്ഞതുപോലെ അടവ് കഴിഞ്ഞപ്പോ ഇതൊക്കെ ബാങ്കിൽ നിന്നാണ് കിട്ടോ ലോൺ എടുക്കുന്നത് ബാങ്ക് ശരിക്കും നിയമപ്രകാരം തന്നെ എല്ലാം പരിശോധിച്ചിട്ടേ തരുള്ളൂ അങ്ങനെ അതിന്റെ അടവ് കഴിഞ്ഞപ്പോൾ അത് വിറ്റു അതിൻ്റെ അടവ് കഴിഞ്ഞപ്പോൾ വേറെ ഒരു പൊളി അപ്പൊ അത് കുറച്ചും കൂടി കുലുക്കം കുറവാ അതിന്റെ ഇടവ് കഴിഞ്ഞപ്പോ ഉപയോഗിക്കണം ഡസ്റ്റർ മേടിച്ചു ഡസ്റ്ററിലേക്ക് പോകുന്ന എവിടെയും നിയമമൊന്നുമില്ല ഏതാണോ ഒരു സ്ഥലത്തേക്ക് അതിൽ പോവും ഓരോരുത്തർ ആരെങ്കിലും വണ്ടി കൊടുന്ന് അതിൽ കയറി പോവും നടക്കേണ്ട സ്ഥലം നടന്ന് പോകും ആഡംബരം നോക്കി നാളെ ഇപ്പൊ വിമാനത്തിൽ പോകുന്നു ഇത് ആഡംബരമുള്ള വിമാനം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് യാത്ര ചെയ്യണം എത്തണം അത്രേ ഉള്ളൂ ഇന്ന് അമേരിക്കയിൽ പോകണം അമേരിക്കയിൽ പോയി അമേരിക്കയിൽ യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കൊണ്ടുവന്നാൽ ശരിക്കും ആഡംബര കാറാന്ന് വിചാരിച്ചോളൂ ബി എം ഡബ്ല്യു ആ കൊണ്ടുവന്നത് അയ്യോ ഞാൻ കയറില്ല അങ്ങനെയൊന്നും പെട്ടെ ഇല്ല എനിക്ക് എന്ത് ഭാവന എനിക്ക് യാത്ര ചെയ്യണം എത്തേണ്ടടുത്ത് എത്തണം പറയണം പോരണം അത്രയേ ഉള്ളൂ നമ്മുടെ ഭാവനയാണ് സഹോദര ഒന്നിനെ ആഡംബരമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭാവന കൊണ്ടാണ് കുറച്ചുകൂടി ഉയർന്ന വിധാനത്തിൽ കാണാൻ ശീലിക്കുക വരുന്നതിനെ അപേക്ഷിക്കും പോണതിനെ ഉപേക്ഷിക്കും അത്രയേ ഉള്ളൂ മറ്റത് മുഴുവൻ നമ്മുടെ ഭാവനയാണ് ഒരു ശരിയായൊരു സന്യാസിയുടെ ഭാവം എന്താണെന്ന് ബാഹ്യമായി മനസ്സിലാക്കാൻ സാധ്യമല്ല അതിന് നല്ലപോലെ വേദാന്തശാസ്ത്ര അധ്യയനം ചെയ്തും ഏതെങ്കിലുമൊക്കെ സന്യാസിമാരുടെ കൂടെ കുറച്ചൊക്കെ സഹവസിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആഡംബരം ഉദ്ദേശിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ സന്യാസിയല്ല ഉറപ്പാണ് ഇതിൽ ഇത് വായിച്ചപ്പോഴാണെങ്കിൽ രസകരമായ സംശയം ഒരു പത്തിരുപത് കൊല്ലം മുമ്പുണ്ടായിരുന്നു കഷ്ടകാലത്തിനെന്നൊരു കാറിലാണ് ഒരു പ്രഭാഷണത്തിന് പോയത് അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളുടെ മെതിയടിയും കാറും തമ്മിൽ ചേരുമോന്ന് നല്ലോണം ചേരും മെതിയടി കാറിൽ ശരിക്കും ചേർന്ന് നിൽക്കും എന്താ നടക്കാൻ മെതിയടി ഉപയോഗിക്കണു നടന്നിട്ടല്ലാണ്ട് പെട്ടെന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്താൻ കാറും ഉപയോഗിക്കുന്നു ഇതിലെന്ത അന്തരമുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നമ്മുടെ ദൃഷ്ടിയാണിത് ൃഷ്ടിയ ആ ദൃഷ്ടിയൊന്ന് വിപുലമാക്കാൻ പരിശ്രമിക്കുക ഇപ്പുള്ളതിനേക്കാൾ ഒരുപാട് തിരക്ക് കൂടി ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുന്നുണ്ട് പക്ഷെ പല ഭാഗത്ത് എത്തുന്നുണ്ടെങ്കിലും വർഷത്തിൽ ഒരു അമേരിക്ക യാത്രയോ അല്ലെങ്കിൽ അങ്ങനെ യൂറോപ്യ യാത്ര അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ തിരക്ക് ഇനി നാളെ കൂടി നിചാരിച്ചോ കൂടി ഇതൊന്നും മതിയാവില്ല ചിലപ്പോ വ്യവസ്ഥ ഇതൊന്നും ആവശ്യമില്ല വരുമ്പോ ആ സാഹചര്യത്തിനോട് അറ്റാച്ച്ഡ് ആവാതെ ചെയ്യാനുള്ളത് ചെയ്യാം ചെയ്യാനുള്ളത് കുശലതയോടുകൂടി ചെയ്യാം തല്ലി വേദനിപ്പിച്ചതല്ല ചെയ്യുന്നത് കുശലതയോടുകൂടി ചെയ്യ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക ഇനി മനസ്സിലായിട്ടില്ല വ്യക്തിപരമായി നമുക്ക് സംസാരിക്കാം സ്വാഗതം കർമ്മരഹസ്യമാണല്ലോ പ്രഭാഷണ വിഷയം സാധാരണക്കാരെല്ലാം കർമ്മനിരതരാണ് എല്ലാവരും അവരുടെ കർമ്മം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതമാണ് അത് എന്നാ മതിയായിരുന്നു എല്ലാവരും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലോകം ഇങ്ങനെയല്ല എത്രയോ സുന്ദരമാകുമായിരുന്നു നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ നമ്മൾ ജോലി വേണ്ടത്ര ചെയ്യുന്നുണ്ടോ എട്ട് മണിക്കൂറിന് ശമ്പളം വാങ്ങുന്ന ഒരാൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടോന്ന് ഒന്ന് സത്യസന്ധമായി ആലോചിക്കുക എന്റെ മേഖലയിൽ എൻ്റെ കഴിവുകൾ ഞാൻ പരമാവധി വിനിയോഗിക്കുന്നുണ്ടോ രാഷ്ട്രത്തിന് വേണ്ടിന്ന് സത്യസന്ധമായി വിലയിരുത്ത സത്യസന്ധമായിരിക്കണം ഓരോരുത്തരും വിലയിരുത്തുക തീർച്ചയായിട്ടും എല്ലാവരും അവരുടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ശരിയാണ് അവരുടെ അവകാശങ്ങൾ സമൂഹം അംഗീകരിക്കുന്നുമുണ്ട് അതിൽ കവിഞ്ഞ് ഗുണഘടനയെ പറ്റിയൊന്നും ചിന്തിക്കാൻ അവർ പ്രാപ്തരുമല്ല ആ നിലയ്ക്ക് അവരിൽ ഈ കർമ്മരഹസ്യ പ്രഭാഷണം എന്ത് നന്മയാണ് ചെയ്യുക ഇവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ പ്രാപ്തരല്ല എങ്കിൽ പ്രാപ്തരാകില്ല എന്നില്ല പ്രാപ്തരല്ലാത്തവരെ പ്രാപ്തരാക്കാനാണ് ശാസ്ത്രവും ഉദ്ബോധനവും അഞ്ചാം ക്ലാസ് അഞ്ചു വയസ്സായ ഒരു കുട്ടി സ്കൂളിൽ ചേർന്നു അവന് ചിന്തിക്കാൻ കഴിയില്ല പത്താം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് മറച്ചു നോക്കാൻ പോലും പക്ഷെ ക്രമമായ പഠനത്തിലൂടെ അവൻ പ്രാപ്തനാകുന്നു ഇതുപോലെ പ്രാപ്തരല്ലാത്തവർ പ്രാപ്തരല്ലാത്ത അവസ്ഥയിൽ എല്ലാ കാലവും ഇരുന്നാൽ പോരാ കൂടുതൽ കൂടുതൽ അറിയാനും രഹസ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാനും കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുകയും ബദ്ധരാവാതിരിക്കാനും ഉള്ള അറിവുകൾ സമ്പാദിക്കണം ആ അറിവുകൾ അറിയുന്നവൻ പറയുന്നു അറിയാത്തവൻ കേൾക്കുന്നു തനിക്ക് അറിയാത്തൊരു മേഖലയിലുള്ള അറിവ് ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിലുള്ള ഒരാൾ പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി ഞാൻ കേൾക്കുന്നു ഞാൻ പഠിക്കുന്നു ഇങ്ങനെ പരസ്പരം ആശയവിനിമയങ്ങളെ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ മേഖലകളിലും അറിവുകളെ നേടാൻ സാധിക്കും നമുക്കറിയാത്ത ചില അറിവുകളൊക്കെ കൊച്ചു കുട്ടികളിൽ നിന്ന് നമ്മൾ നേടും നേടണം നമ്മുടെ മുരു കൊച്ചുകുട്ടിയാണ് ഇങ്ങനെ ഓരോ മേഖലയിലും കൂടുതൽ കൂടുതൽ അറിവ് ലഭിച്ചാല് പ്രാപ്തി വർദ്ധിച്ച് വർദ്ധിച്ചു വരൂ തീർച്ചയായിട്ടും ആ പ്രയോജനം ശ്രദ്ധയോടുകൂടി ഈ കർമ്മരഹസ്യം കേട്ടാൽ ഉണ്ടാവും ഇവിടെ കഴിഞ്ഞോ ഇല്ല ഇതിൻ്റെ തുടർച്ചയായി എടുത്ത പാഠം വരും അതിൻ്റെ തുടർച്ചയായി എടുത്ത പാഠം വരും അങ്ങനെ ക്രമമായിട്ട് ഒന്ന് പറയാം ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ മാത്രമേ നമുക്ക് ഏത് മേഖലയിലായാലും അറിവ് സമാർജിക്കാൻ കഴിയൂ ഇത്തരം പ്രഭാഷണങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വൈചാരികമാണ് ശ്രദ്ധിക്കുക ഹജ്ജ് കർമ്മം ചെയ്യാൻ ഗവൺമെന്റ് സബ്സിഡി നൽകുന്നുവെന്ന് പറഞ്ഞ് ഹൈന്ദവ സംഘടനകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഭഗവാനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഇത്രായിരം റുപ്യ ഇത്രായിരം പേർക്ക് ഹജ്ജ് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് പുറത്തേക്ക് തീർത്ഥയാത്ര നടത്തുന്ന ഏത് മതസ്ഥർക്കും ഗവൺമെൻറ് സബ്സിഡിക്ക് അർഹതയുണ്ടെന്നും ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു തന്നാലും ഇത് സത്യാവസ്ഥ അല്ല അസത്യാവസ്ഥയാണ് അസത്യമാണ് മുസ്ലിം സമൂഹത്തിന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്നുണ്ട് വർദ്ധിച്ച് സബ്സിഡി കൊടുക്കുന്നുണ്ട് കൃത്യം എത്ര സംഖ്യയാണ് കഴിഞ്ഞ കൊല്ലത്ത് ഓർമ്മയില്ല ഏതായാലും ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മോള് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാവണം അങ്ങനെ പതിനായിരക്കണക്കിന് പേര് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് അതെ ചില സംസ്ഥാനങ്ങൾ ജെറുസലേം തീർത്ഥയാത്രയ്ക്ക് ചെറിയൊരു സബ്സിഡി കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അറിവ് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താവുന്നതാണ് ചില സംസ്ഥാനങ്ങൾ ജറുസലേം തീർത്ഥയാത്രയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഇങ്ങനെ മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനത്തിൽ നിന്ന് കൈലാസയാത്രയ്ക്ക് പോകുന്നവർക്ക് എന്തോ ഒരു യാത്രാ ചെലവ് കൊടുക്കുന്നുണ്ട് മൊത്തം ഭാരതത്തിലില്ല അത് സർക്കാർ ചെയ്യുന്നതാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉണ്ട് ഗുജറാത്തിലുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ കൈലാസ തീർത്ഥയാത്രയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലാതെ മൊത്തം ഭാരതം കൊടുക്കുന്നില്ല നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ദൈവം നേരിട്ടിടപെടുന്നുണ്ടോ ഇവിടെ ഈ പ്രഭാഷണം കേട്ടാളാണോ എന്ന് ചോദിച്ചത് അല്ലയോ എന്നുള്ള സന്ദേഹമുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവശബ്ദത്തിന് ഇവിടെ അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധ ച ദൈവം ചൈവാത്ര പഞ്ചമം എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ദൈവശബ്ദത്തെ വളരെ വിസ്തൃതമായി പറഞ്ഞിട്ടുണ്ട് ആ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈനംദിനമല്ല എല്ലാ കർമ്മങ്ങളിലും ദൈവത്തിൻ്റെ പങ്കുണ്ട് ആ ദൈവം സ്വർഗത്തിലിരിക്കുന്ന ഏതോ ആളല്ല ദേവലോകത്തിലിരിക്കുന്ന ഏതോ ഒരാളല്ല ഈ ഭൂമിക്ക് വെളിയിൽ ഏതോ ലോകത്തിരുന്ന് സിംഹാസനത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ആളല്ല മറിച്ച് നമ്മുടെ തന്നെ കർമ്മങ്ങളുടെ ഫലരൂപം നമുക്ക് തന്നെ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് ആ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ഇനി അതല്ല മൊത്തം സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന സത്യം എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെടുത്താൽ അതില്ലാതെ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല അതില്ലാതെ ഒരു ജല പോലും ചലിക്കുന്നില്ല സർവത്തിൻ്റെയും അടിസ്ഥാനമായ ചൈതന്യ സ്വരൂപമായി ദൈവത്തെടുക്കുമ്പോൾ ഒരപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പലരും പറയുന്നു എന്നാൽ പിഞ്ചു കുട്ടികൾ വരെ അപകടത്തിൽ മരിക്കുന്നു അത് ദൈവശിക്ഷയാണോ ദൈവശിക്ഷയുമല്ല ദൈവരക്ഷയുമല്ല അവനവൻ്റെ പ്രാരബ്ധവശാലുള്ള അനുഭവവിശേഷങ്ങളാണ് മരണം ദൈവത്തിന്റെ ശിക്ഷയായി കരുതാമോ ഭഗവാന് ദൈവത്തിന്റെ ശിക്ഷയോ അങ്ങനെയാണെങ്കിൽ ജന്മോ ദൈവത്തിൻ്റെ ശിക്ഷയാണ് ജന്മം സന്തോഷകരമാണെങ്കിൽ മരണവും സന്തോഷകരമാണ് കാരണം ഞാനിവിടുന്ന് പോയാലേ അടുത്തിരിക്കുന്ന ആൾക്ക് അടുത്തിരിക്കേണ്ട ആൾക്ക് ഇടം കിട്ടും ഓരോ തലമുറയും മരിച്ചാലേ അടുത്ത തലമുറയ്ക്ക് ഇടമുണ്ടാവും അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് ഈശ്വരീയമായ നിയമമാണ് അതുകൊണ്ട് മരണത്തെ ശിക്ഷയായി കൂട്ടരുത് മരണം ഈ പ്രപഞ്ചവ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് ജനനം പോലെ സന്തോഷപ്രദമാണ് മരണവും പക്ഷേ വന്നു കഴിഞ്ഞാൽ ഒക്കെ കൂടി ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് പിന്നെ പോവാൻ കുറച്ച് മടിയുണ്ടാവും മടിയുണ്ടായിട്ട് കാര്യമൊന്നുമില്ല പോയേ മതിയാവും ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരങ്ങൾ വരുന്നത് ദൈവം ഇത്തരം കാര്യങ്ങൾ നേരിട്ടിടപെടുന്നില്ല എന്നതിന് തെളിവല്ലേ സംശയ നികൃത്തി വരും നോക്കൂ ഈ ദൈവം എന്ന് എന്തോ ഒരു വ്യക്തിയായിട്ടൊന്നും മനസ്സിലാക്കരുത് ദൈവം ഒന്നുകിൽ പ്രപഞ്ചവ്യവസ്ഥയുടെ മുഴുവൻ അധിഷ്ഠാന സത്യം എന്ന നിലയ്ക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പുൽക്കൊടിയുടെ ഇളക്കം പോലും ഒരു ജലഗണത്തിന്റെ സ്പന്ദനം പോലും ദൈവത്തിന് അനുസൃതമാകും പക്ഷെ ആ ദൈവം അനുസരിച്ചല്ല ഈ പറഞ്ഞ അപകട മരണവും മറ്റോ അത് ദൈവത്തിന് യാതൊരു പങ്കുവില്ല എല്ലാത്തിലും കൂടെ പങ്കു മാത്ര ഒരു ഇവിടെ ഈ വെളിച്ചത്തിൽ ഇരുന്ന് നമ്മൾ ധർമ്മശാസ്ത്ര വിഷയങ്ങളെ ഇവിടെ ചർച്ച ചെയ്യുന്നു ഇതേ വെളിച്ചത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് നാളെ ചെയ്യേണ്ടുന്ന മോഷണത്തിനുള്ള പ്ലാനിങ്ങും അതിനുള്ള ചാർട്ടും ഒക്കെ തയ്യാറാക്കാം അല്ലെങ്കിൽ ഇതേ വെളിച്ചം ഉപയോഗിച്ച് തന്നെ നാളെ എങ്ങനെ ഒരുത്തനെ കൊല ചെയ്യണം അതിനെന്തൊക്കെ പ്ലാൻ ചെയ്യണം എങ്ങനെയൊക്കെ നീങ്ങണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം ഇതേ വെളിച്ചം ഉപയോഗിച്ച് നാളെ ഒരാൾക്ക് എങ്ങനെ ഉപകാരപ്രദമായൊരു കർമ്മം ചെയ്യണം എന്നുള്ളതും കണക്കാക്കാം ഇതിന് വെളിച്ച ഉത്തരവാദിയല്ല നല്ലതെന്നും ചീത്തയെന്നും പറയുന്ന കർമ്മങ്ങൾക്ക് മുഴുവൻ സാക്ഷിഭൂതനായി ചൈതന്യത്തേക്ക് വെളിച്ചം നിൽക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംസ്കാരം അനുസരിച്ച് അതിനെ വിനിയോഗിച്ച് കർമ്മങ്ങളെ ചെയ്യുന്നു ഒരു ദൈവം രണ്ടാമത്തെ ദൈവം ശ്രദ്ധിക്കാം പക്ഷെ പലപ്പോഴും ഈ ജനങ്ങൾ ഈ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം രക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ഹ്രസ്വമായ ഒരു ഒരു ദൃഷ്ടി വെച്ചിട്ടാണ് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായത് ഓർമ്മിക്കുക ഒരു തേവണ്ടി അപകടം നടന്നു ധാരാളം പേര് മരിച്ചു ധാരാളം പേർക്ക് പരിക്കേറ്റു കുറേ കമ്പാർട്ട്മെൻ്റുകൾ വെള്ളത്തിനുള്ളിലായി ഇവിടെ വള്ളിക്കുന്ന്ടുത്തു ഈ കമ്പാർട്ട്മെൻ്റുകളിൽ ഒന്നിൽ ശരിക്കും വെള്ളത്തിൽ മുങ്ങിയൊരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളെന്ന് ഒരാൾ ഒരു കുഴപ്പവും പറ്റാണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്ന് മാത്രമല്ല അയാൾക്ക് എപ്പോഴും സന്തത സഹചാരി ആയിട്ടൊരു ബാഗ് ഉണ്ടാവും എപ്പോഴുള്ളൊരു ബാഗ് ഉണ്ടാവും അയാൾ ആശ്രമത്തിൽ വരുമ്പോഴും എപ്പോഴും പോകുമ്പോഴൊരു കറുത്ത ബാഗ് ഉണ്ടാവും ഈ ബാഗ് അടക്കമാണ് രക്ഷപ്പെട്ടത് അയാൾ പോരെ പിന്നെന്ത് വേണം അപ്പോൾ അയാളും രക്ഷപ്പെട്ടു അയാളുടെ പ്രിയപ്പെട്ട ബാഗും രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് അയാൾ പല ആശ്രമങ്ങളിലും പോയി പല കൂട്ടുകാരെ വീട്ടിൽ പോയി പല വീടുകളിലേക്ക് വലിയ സ്വീകരണം തന്നെ ഉണ്ടായിരുന്നു അതാണ് അവരുടെ രക്ഷപ്പെട്ടതല്ലേ പിറ്റത്തെ മാസം വേദാന്ത ക്ലാസ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ആശ്രമത്തിൽ വേദാന്ത ക്ലാസ് ഉണ്ട് സാന്ദർഭികമായിട്ടൊരു പരസ്യമാവാമല്ലോ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച രാവിലോട്ട് വൈകുന്നേരം വരെ വേദാന്ത ക്ലാസ് ഉണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ വരാം ഏതായാലും അയാൾ താല്പര്യമുള്ളത് വന്നു വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വാമി ഈശ്വരൻ എന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ചോദിച്ചല്ല ഈശ്വരനെ നിങ്ങളെ പ്രത്യേകമായിട്ട് രക്ഷിക്കാൻ നിങ്ങൾ ഈശ്വരൻ തമ്മിലുള്ള കച്ചവടം എന്താ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഈശ്വരനൊരു പ്രത്യേക ബന്ധം അപ്പം മരിച്ചു പോയവരെ ഈശ്വരനെ ശിക്ഷിച്ചതാണോ അതേ അപകടത്തിൽ മരിച്ചവരെയോടെന്താ ഈശ്വരന് പ്രിയമില്ലേ നിങ്ങളോട് മാത്രം പ്രിയം ഉണ്ടാവുക എന്ത് കാരണം മനുഷ്യ നിങ്ങളെ പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ ജീവിക്കണം അത്രയേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പലരോടും ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അവരും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ അവർ പറഞ്ഞ പോലെ പറയാൻ ചെയ്താൽ എന്തൊരു സമയമാണോ ഈ തെറ്റന് ഞാൻ ആവർത്തിക്കില്ല അയാള് പറഞ്ഞോ കാരണം ഈശ്വരൻ രക്ഷ ഈശ്വരൻ ഇയാളെ മാത്രം രക്ഷിക്ക എന്ത് മറ്റേ അവിടെ പാവപ്പെട്ട കുറെ കുട്ടികളെ ശ്വാസം മുട്ടി മരിച്ചിട്ട് ഈശ്വരൻ എന്തൊരു ദുഷ്ടന അവരെ കൊന്നത് ഈശ്വരനാണെങ്കിൽ ചിലരുടെ സഹലാംഗരായി സൃഷ്ടിക്കുക ചിലരുടെ വികലാംഗരായി സൃഷ്ടിക്കുക ചിലർ സുഖമായി ജീവിക്കുക ചിലരുടെ ദുഃഖമായി ജീവിക്കുക ഇതിനൊക്കെ കാരണക്കാരന് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനെ വിശ്വസിക്കാൻ കൊള്ളുമോ ഒരിക്കലും ഇല്ല അത്തരം വികലവീക്ഷണങ്ങൾ ഒഴിവാക്കുക താഴെ ഉന്നയിച്ചിരിക്കുന്ന എൻ്റെ സംശയങ്ങളിൽ അവിവേകമോ പാകപ്പിഴവുകളോ ഉണ്ടെങ്കിൽ സതയം മാപ്പാക്കണമെന്നപേക്ഷയോടെ തുടങ്ങട്ടെ അതിൽ പ്രശ്നമില്ല എന്ത് വേണമെങ്കിലും നമുക്ക് സ്നേഹപൂർവ്വം സംസാരിക്കാം ഈശ്വരൻ ദൈവം ദേവത ഇവ മൂന്നിനും ഒരേ അർത്ഥമാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ദേവത എന്നത് സ്ത്രീലിംഗപദമാണോ നല്ല സംശയമാണ് ഇവിടെ ഈശ്വരൻ ദേവത ദൈവം ചില സന്ദർഭങ്ങളിൽ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും ശാസ്ത്രത്തിൽ ചില സന്ദർഭങ്ങളിൽ ഭിന്ന അർത്ഥങ്ങളിൽ ഉപയോഗിക്കും അപ്പം ഏത് സന്ദർഭത്തിൽ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനർത്ഥം പറയാൻ ചില സ്ഥലത്ത് ഈശ്വരൻ എന്നുള്ള ശബ്ദം ഈ സർവ പ്രപഞ്ചവ്യവസ്ഥകൾക്കും വിധാതാവായ പരമേശ്വരനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും ചില സ്ഥലത്ത് ദേവതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും ചില രാജാവിനെ സൂചിപ്പിക്കാൻ പോലും ഈശ്വര ശബ്ദം ഉപയോഗിക്കും ഇപ്പം സന്ദർഭം അനുസരിച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ ഈശ്വരൻ ചെയ്യുന്നവനാരോ അവൻ ഈശ്വരൻ എന്നേ അർത്ഥമുള്ളൂ ഈശ്വ നിയമനം എന്നർത്ഥം അപ്പം നിയമനം ചെയ്യുന്നവനാരോ അവൻ ഈശ്വരൻ ഈട്ടെന്നും പറയാം ഈശ്വരനെന്നും പറയാം ർത്ഥവും തന്നെയാണ് ഈശിൻ്റെ കൂടെ വരച്ചെന്നൊരു പ്രത്യേകം വരുമ്പോഴാണ് ഈശ്വര ശബ്ദം സിദ്ധമാകുന്നത് ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അപ്പം സ സകല പ്രപഞ്ച വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്നവൻ ഈശ്വരൻ സകല കാര്യസംഘാതവും എന്തിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ എന്തിനാൽ നിയമിതമാണോ ആ പരമസത്യം ഈശ്വരൻ ദൈവം എന്നുള്ള ശബ്ദം ദേവ എന്നുള്ള ശബ്ദം രണ്ടും സമാനാർത്ഥമാണ് ദേവശബ്ദത്തിൽ സ്വാർത്ഥത്തിൽ അണ് എന്ന പ്രത്യയം വരുമ്പോഴാണ് ദൈവ എന്നാവുന്നത് ദേവശബ്ദത്തിൽ സ്വാർത്ഥത്തിൽ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറാതെ അണ് എന്ന പ്രത്യയം വരുമ്പോൾ ദൈവ എന്നുള്ള ശബ്ദം ഉണ്ടാവും ഇപ്പൊ രണ്ടിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ് ഇപ്പൊ എന്താ അർത്ഥം ദ്യോതിപ്പിക്കുന്നവൻ ദ്യോതിപ്പിക്കുന്നവൻ ദേവലോ ദേവിൽ വസിക്കുന്നവൻ ദാനം ചെയ്യുന്നവൻ നാലർത്ഥങ്ങളാണ് പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ ദാനം ചെയ്യുന്നവൻ ദേവിൽ വസിക്കുന്നവൻ നാലർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന് ഇത് യാസ്ക മഹർഷി തൻ്റെ നിരുക്തത്തിൽ സ്പഷ്ടമായി പറഞ്ഞു തരും ദ്യോതനാദ്വാ ദാനിവി ദേവഹ പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ സകല മഹിമകളെയും സകലത്തിനും ദാനം ചെയ്യുന്നവൻ ദ്യോവിൽ വസിക്കുന്നവൻ എന്നാൽ എന്തുതിനാൽ എല്ലാമുണ്ട് എല്ലാത്തിനെയും നിലനിർത്തി പ്രകാശിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപമാര് ദേവൻ സ്വയം പ്രകാശിക്കുന്നവനാർ ദേവൻ സകലത്തിനും സകല മഹിമകളെയും ദാനം ചെയ്തവനാർ അഗ്നിക്ക് ഔഷ്ണ്യവും വായുവിന് പ്രവാഹ ഗുണവും ദ്വില് വസിക്കുന്നവനാർ ദ്വീപ് അന്തരീക്ഷത്തിനുമുപരിയുള്ള ദ്വീവ് എന്നൊരർത്ഥം രണ്ട് ഹൃദയാന്തർവർത്തിയായ ആകാശം എന്ന അർത്ഥം ദേവൻ അനേക അർത്ഥങ്ങളുണ്ട് ീ ദേവശ്ദം ഈ പ്രപഞ്ചപ്രതിഭാസങ്ങളെ പ്രകാശിപ്പിക്കുന്ന നിലനിർത്തുന്ന ചൈതന്യ അധിഷ്ഠാന ദേവതകൾക്കും പറയും ഓരോ പ്രപഞ്ചപ്രതിഭാസത്തിന്റെയും പിന്നിലുള്ള അധിഷ്ഠാന നിയമത്തിന് ദേവശബ്ദം പറയും അപ്പൊ പല ദേവന്മാരുണ്ട് കോടിക്കണക്കിന് ദേവതകളുണ്ട് ഈ ദേവശബ്ദത്തിന്റെ കൂടെ താ പ്രത്യം വന്നാൽ ദേവത എന്നായി താ പ്രത്യം പ്രത്യയാന്ത ശബ്ദങ്ങൾ സ്ത്രീലിംഗങ്ങളാണ് ദേവശബ്ദം പുല്ലിംഗമാണ് താ പ്രത്യയം വന്നാൽ ദേവതാ സംസ്കൃതത്തിൽ അത് സ്ത്രീലിംഗമാണ് ദേവതാ ശബ്ദം സംസ്കൃതത്തിൽ സ്ത്രീലിംഗമാണ് ഞാൻ ദിവസവും കുളി കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ പടത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് വളരെ സന്തോഷം ചിട്ടയോടുകൂടി അവകാചരണങ്ങൾ തുടരട്ടെ ചില ദിവസങ്ങളിൽ വ്യക്തിപരങ്ങളായ കാരണങ്ങളാൽ രാവിലെ കുളിക്കാൻ കഴിയാതെ വരുമ്പോൾ എപ്പോൾ കുളിക്കുന്നുവോ അപ്പോൾ ചിലപ്പോൾ ഉച്ച പന്ത്രണ്ട് മണിയും കഴിഞ്ഞ് പോകാറുണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറാണ് പതിവ് വളരെ വളരെ സന്തോഷം നല്ലത് തന്നെ അതൊരാചരണമാണ് ഒരു ചിട്ടയാണ് ഇനി പ്രാർത്ഥിക്കാൻ കുളിക്കണം അല്ല കുളിച്ചിട്ട് പ്രാർത്ഥിക്കണേ വളരെ സന്തോഷം എപ്പോഴാണ് കുളിക്കണേ അപ്പം പ്രാർത്ഥിച്ചോളാം നല്ലതാണ് പക്ഷേ കുളി വൈകൊണ്ട് പ്രാർത്ഥന വൈകണ്ട എഴുന്നേൽക്കാൻ വൈകിയാലും പ്രാർത്ഥന വൈകണ്ട എഴുന്നേൽക്കാണ്ടെന്ന് പ്രവർത്തിക്കാം അത് ചെയ്യാം അതിന് വിരോധമില്ല വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറാണ് അങ്ങനെ ഉച്ച മറ്റും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ഇതെല്ലാം നമ്മുടെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഒരു സുഹൃത്ത് അപ്രകാരം സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ സംശയം വന്നത് ഒരു പ്രശ്നമില്ല എപ്പോ വേണമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞുവല്ലോ പറയുന്നുണ്ടല്ലോ ഞാൻ നിത്യവും കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്നു ഞാൻ കൂലി വാങ്ങാതെ പണി ചെയ്യണോ ഭഗവാൻ ഇവിടെ കേട്ടിട്ടുണ്ടാവില്ല പ്രഭാഷണം ഇവിടെ വ്യക്തമായി പറഞ്ഞു നന്നായി കർമ്മം ചെയ്താൽ നന്നായി കൂലി കിട്ടുമെന്ന് വ്യക്തമായി പറഞ്ഞു നന്നായി കൂലി കിട്ടണം നന്നായി കൂലി കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇവിടെ മൂന്ന് ദിവസം ചിന്തിച്ചത് അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക് വിധം വിവിധ ചേഷ്ട ദൈവം ചെയ്വാത്ര പഞ്ചമം എന്നടത്ത് വ്യക്തമായി ചിന്തിച്ചത് കൂടുതൽ കൂലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്നില്ല മറക്കരുത് അതാണ്ട് കൂലി വേണ്ടാന്നൊരു വാക്കിവിടെ പറഞ്ഞിട്ടില്ല കൂലി കൂടുതൽ കിട്ടാൻ കൂലി എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ല അതിൽ നിന്നുള്ള ഫലം കർമ്മത്തിൽ നിന്നുള്ള ഫലം കൂടുതൽ നന്നായി കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു കൊണ്ടാണ് അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക്വിധം എന്ന് ചിന്തിച്ചത് അപ്പോൾ അത് ശരിക്ക് വിചാരണം ചെയ്താൽ കത്ത് ഇപ്പോൾ കൂലിയാണ് എന്ത് പണിയാ ചെയ്യണമെന്ന് അവിടെ എഴുതിയിട്ടില്ല അപ്പം കൈക്കോട്ടാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ കരണം ചെ പൃഥക്വിധം അത് ദിവസവും നല്ല വൃത്തിയായി കഴുകി അണച്ച് മുറിച്ചാക്കി കൊണ്ടുപോകണം അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം അതിനെ ശ്രദ്ധിച്ച് വിനിയോഗിക്കണം ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അധിഷ്ഠാനം ആദ്യം നേരെയാക്കണം ഒരു സ്ഥലം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര ചെയ്യാൻ പറ്റും അത്ര മാത്രം മനസ്സ് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക വൈകുന്നേരം ആവുമ്പോഴേ ചെയ്ത പണിക്കൊരു ഇഫക്റ്റ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ സ്വാഭാവികമായിട്ട് കൂലി തരുന്ന ആൾക്ക് സന്തോഷത്തോടുകൂടിയാൽ തരും അങ്ങനെ സന്തോഷത്തോടുകൂടി ആൾ തന്നാൽ ഇനി നാളെ എന്നെ വിളിക്കും നേരെ മറിച്ച് ഞാൻ കൂലി കൂലി കൂലി കൂലി എന്നാലോചിച്ചിരുന്നാൽ പണി ഉണ്ടാവില്ല പണിയില്ലെങ്കിൽ എനിക്ക് ഇന്നേ പണി കിട്ടും നാളെ കിട്ടില്ല അയാൾ പറയും നാളെ വരണ്ട എന്ന് പറയും നാളെ വരണ്ട പണിക്കേ സംശയമൊന്നുമില്ല നാളെ വരണ്ട പറഞ്ഞാൽ നിർത്തിയില്ല അപ്പം എന്ത് ചെയ്യാനാണ് അവിടെ ഇടിച്ച് അതുകൊണ്ട് കൂലി വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല കൂലി കൂടുതൽ കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇവിടെ ചിന്തിച്ചത് മനസ്സിലായിട്ടില്ലാച്ചാൽ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആശ്രമത്തിൽ വരികയാണെങ്കിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ കോപ്പി തരും ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിൽ നിന്ന് വർദ്ധിച്ചാദായം പ്രതീക്ഷിക്കുന്നു തെറ്റാണോ പ്രതീക്ഷിക്കണൊരിക്കലും തെറ്റല്ല പക്ഷെ പ്രതീക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും നല്ലവണ്ണം പണിയെടുത്തോളൂ സ്വാഭാവികമായിട്ട് നല്ലവണ്ണം കിട്ടും പക്ഷെ കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ദുഃഖാവൂ എന്തിനാ ദുഃഖിക്കാൻ നാളെ ദുഃഖിക്കാൻ നടക്കുന്നത് ചെയ്യാനുള്ളത് നല്ലവണ്ണം ചെയ്യൂ നല്ലവണ്ണം കിട്ടും ഉറപ്പ പക്ഷേ കിട്ടണേ കിട്ടണേ കിട്ടണെന്ന് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ദുഃഖമായില്ലേ അത് നിൽക്കണോ അത്രയും പറഞ്ഞതിൽ അർത്ഥമുള്ളൂ ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നാൾ ചൂഷിതനും ചെയ്യിക്കുന്ന ആൾ ചൂഷകനുമാവില്ലേ ഇതൊരു തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ നാടു മുഴുവൻ നടന്ന പ്രസംഗത്തിൻ്റെ ബാക്കിയാണ് തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളുടെ ഏകദേശം മധ്യം വരെയും നാട്ടിൽ കവലകൾ തോറും കവലകൾ തോറും പ്രസംഗിക്കപ്പെട്ടിരുന്നു ഇതൊക്കെ ഇപ്പൊന്നാരും പ്രസംഗിക്കാറില്ല കാരണം ഒരുവിധമൊക്കെ വെളിച്ചം വന്നുപോയി സമൂഹത്തിൽ അതുകൊണ്ട് അന്ന് ആരെയൊക്കെ ഇതൊക്കെ പ്രസംഗിച്ച് ആരെയൊക്കെ എതിർത്തിരുന്നു ഇന്ന് അവരുടെ ഒക്കെ ഫോട്ടോ പ്രധാനമായിട്ട് വെക്കുന്നത് അന്നത്തെ ഫോട്ടോ ഒക്കെ മാറ്റി എല്ലാം മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയേം മതിയാവും ഇന്ന് അധിക വേതനത്തിന് വേണ്ടി സമരവും പണിമുടക്കും നിത്യേന എന്നാണ് നടക്കുന്നത് അതോട് കൂലിയില്ല പണിയില്ല എന്ത് ചെയ്യും കേരളത്തിൽ വ്യവസായശാല ആരംഭിക്കുന്നതിന് മുമ്പ് സമര പന്തൽ ആരംഭിക്കും അതുകൊണ്ട് വ്യവസായ ശ വ്യവസായികള് കേരളത്തിൽ മുടക്കുന്നില്ല എന്ത് ചെയ്യും ചിന്തിക്കുക കുട്ടി ഘോഷിച്ച് തൊഴിൽ നൽകും എന്ന് പറഞ്ഞ് ഏതേത് സ്ഥാപനങ്ങൾ ആരംഭിച്ചോ ഒന്നൊന്നായി പൂട്ടിയ ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഹർത്താലുകളാണ് ഹർത്താലുകൾ ഹർത്താലിൻ്റെ തലേന്ന് മദ്യ വിൽപ്പനക്കാർക്ക് നല്ല കുശാൽ വേറൊരു ഗുണവും ഇല്ല ചെയ്യുന്നു എന്നറിയാതെ ഏതിട്ട് ഗുണമില്ല എന്ന് ഇനി അനുഭവം പ്രകടിപ്പിച്ചിട്ട് എല്ലാവരും സ്ഥാപനം പൂട്ടണം അത് വേറ് വന്നാൽ ഗ്ലാസ് പൊളിയുന്നുള്ളതുകൊണ്ടാ അപ്പം ആദ്യൊരു തൊഴിൽ സംസ്കാരം തൊഴിലിനോടുള്ള കൂറ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇങ്ങനത്തെ രാഷ്ട്രവിനാശകരങ്ങളായ നടപടികൾ നമ്മൾ ചെയ്യില്ല നമ്മൾ നമ്മുടെ സമ്പത്തല്ലേ നശിപ്പിക്കുന്നത് ചിന്തിക്കുന്നില്ല ഒരു പാർട്ടിക്കാരും വ്യത്യാസമില്ല കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും ഒക്കെ ഹർത്താൽ പ്രഖ്യാപിക്കും പൊതുമുതൽ നശിപ്പിക്കും ഈ താന്തോണിത്വം നിർത്തിയാലേ രാഷ്ട്രം നേരെയാവും മറ്റവൻ നടത്തുമ്പോൾ അവൻ കുറ്റം പറയും ആ സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഹർത്താൽ ഇത് ബന്ധു നിരോധിച്ചപ്പോൾ ഹർത്താലാക്കി ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താ ഹർത്താൽ എല്ലാം പൂട്ടുകാന്ന ബന്ധു തന്നെ അപ്പൊ ഹർത്താൽ എല്ലാം ബന്ധാണ് എല്ലാം ബന്ധ ആദ്യ ഒരു ബന്ധേ പറഞ്ഞോളൂ എല്ലാം ബന്ധ ഇത് കണ്ടൊരിക്കല് ഈ സാധാരണ അരിഷ്ടം ലൈസൻസ് പോരാ ദ്രാക്ഷാരിഷ്ടത്തിനുള്ളൊരു നിയമം വന്നിരുന്നു എക്സൈസിന്റെ പ്രത്യേക ലൈസൻസ് വേണം അപ്പൊ നമ്മൾ പരിചയമുള്ള ഒരു വൈദ്യരെ ചെയ്തു വെച്ചാൽ ദ്രാക്ഷാരിഷ്ടം എന്നുള്ള സാധനങ്ങളുടെ കടയിലില്ല പിന്നെ ഫലോത്തമാരിഷ്ടേ ഉള്ളൂ ദ്രാക്ഷ ദ്രാക്ഷടപര്യായാണ് ഫലോത്തമാ ഇതുപോലെ പേര് മാറ്റിയിട്ട് എന്ത് കാര്യം ചിന്തിക്ക അതുകൊണ്ട് നമ്മൾ രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതാണ് നമ്മൾ വേണ്ടത് അങ്ങനൊരു പരിവർത്തനം നമ്മുടെ സമൂഹ മനസ്സിൽ വന്നാൽ മാത്രമേ രാഷ്ട്രം ഉയരൂ അതുകൊണ്ട് അവകാശങ്ങൾ അവിടെ നിൽക്കട്ടെ ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യത ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ പൗരന്മാരാവും ഇന്ന് രാഷ്ട്രത്തിൻ്റെ ശാപം പൗരൻ ഇല്ല എന്നുള്ളതാണ് വോട്ട് ചെയ്താൽ പൗരനാവില്ല വോട്ട് ചെയ്യാത്തത് കൊണ്ട് പൗരൻ അല്ലാതാവുകയുമില്ല മറിച്ച് രാഷ്ട്രത്തോട് തനിക്കുള്ള പ്രതിബദ്ധത ഈ അമ്മയോട് തനിക്കുള്ള കർത്തവ്യം ഇത് ഓർമ്മിക്കുന്നവനാണ് പൗരൻ ചിന്തിക്കുക നമ്മളവകാശങ്ങളെയും ഇങ്ങോട്ട് കിട്ടാനുള്ളതിനെ കൂടുതൽ ചിന്തിക്കുന്നത് അതുകൊണ്ട് പൗരനാവുക നല്ലവണ്ണം പണിയെടുക്കുക നല്ലവണ്ണം കൂലി വാങ്ങുക നല്ലവണ്ണം പണിയെടുത്താൽ നല്ലോണം കൂലി കിട്ടും ഉറപ്പ് കൂലിയെക്കുറിച്ച് ആലോചിച്ചിരുന്നാൽ കൂലി ഉണ്ടാവില്ല പണിയുണ്ടാവില്ല നാം വളരെയേറെ വിശ്വസിച്ചും ആരാധിച്ചും വരുന്ന ചില ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾക്ക് വേണ്ടും വിധം സൗകര്യങ്ങൾ ഒരുക്കാതെയും വിശ്വാസികളെ പലവിധത്തിലും ഭാരവാഹികൾ ചൂഷണം ചെയ്യും ചെയ്യുന്നവരെക്കുറിച്ച് സ്വാമിയുടെ എന്താണ് എന്ത് ചെയ്യാനാണ് കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കട്ടെ അതാണ് നമുക്കൊന്നും പറയാൻ ഇത് ധാരാളമുണ്ട് ചൂഷണങ്ങളുടെ കേന്ദ്രങ്ങളാവുകയാണ് പലപ്പോഴും ക്ഷേത്രങ്ങൾ പലപ്പോഴും അജ്ഞാനത്തിൽ സമൂഹത്തെ തളയ്ക്കുന്ന കേന്ദ്രങ്ങളാകുന്നു അജ്ഞാനത്ത് അബദ്ധവിശ്വാസങ്ങളിൽ തളച്ച് വെക്കുന്ന കേന്ദ്രങ്ങളായി മാറും ഓരോ വർഷം കഴിയുംതോറും വില നിലവാര പട്ടികയുടെ എണ്ണം കൂടിക്കൂടി കൂടി വരുന്നു ബോർഡിൻ്റെ ഐറ്റം എണ്ണം കൂടിക്കൂടി വരുന്നു ആദ്യം ഭഗവാനൊരു ഒരു ധാരയും ഒരു പുഷ്പാഞ്ജലിയും ഒക്കെ ഉണ്ടായിരുന്നു ചെപ്പൊരു പത്തോ അയിമ്പതോ ഒക്കെ ഉണ്ടാവും പുതിയ പുതിയ ശത്രു സംഹാരമുട്ട് ആ മുട്ട് ഈ മുട്ട് എന്തൊക്കെ മുട്ടാണോ ബുദ്ധിമുട്ട് പല ജാതി മുട്ടുകൾ തന്നെ അതെ അത് തമാശയല്ല അങ്ങനെ അതിനനുസരിച്ചൊരു വിഴ നമ്മളും ഉണ്ടാവും ശരി എന്താട്ടെ അതൊക്കെ അതിൻ്റെ ഒരു രീതി അത്രയേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്താണ് പരിഹാരം അറിവ് മാത്രമാണ് അറിവ് ശരിയായ ജ്ഞാനം സമാജത്തിൽ ഉണ്ടാവുന്നത് മാത്രമാണ് ഏത് വിധത്തിൽപ്പെട്ട ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള മാർഗം ഞാൻ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ അറിവ് വേണം ചൂഷണം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ അറിവ് വേണം ക്ഷേത്രങ്ങൾ ഒത്തുചേർന്നൊരു ഫണ്ട് ഉണ്ടാക്കിയാൽ വിശ്വാസികൾക്ക് പലവിധ സേവാ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ ഒത്തുചേരൂന്നും വേണ്ട ഓരോ ക്ഷേത്രവും അതിൻ്റെ തട്ടകത്തിലൊരു സേവാ പ്രവർത്തനത്തിലുള്ള ഫണ്ട് ഒരു പ്രതിജ്ഞ ചെയ്താൽ മതി ആനയെ എഴുന്നള്ളിക്കാനും കരിമരുന്ന് കത്തിച്ച് തീർക്കാനും നായ പൈസ വിനിയോഗിക്കില്ല എന്നൊരൊറ്റ തീരുമാനം എടുത്താൽ മതി വേറൊന്നും വേണ്ട ആനയെ എഴുന്നള്ളിക്കാനും കരിമരുന്ന് കത്തിച്ചു തീർക്കാനും നായാ പൈസ ചെലവാക്കില്ല ഇത് മതി ഒരു ക്ഷേത്രത്തിന്റെ തട്ടകത്തിൽ ധാരാളം സേവനങ്ങൾ ചെയ്യാൻ പറയുന്നതിനൊരു സംശയവും ഇല്ല ഹിന്ദു മതവിശ്വാസികൾ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എണ്ണയും തേങ്ങയും വെടിമരുന്നും കത്തിച്ച് തേങ്ങ എറിഞ്ഞ് ഉടച്ച് അത് മറ്റു പലരും ലേലത്തിലെടുത്ത് പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലും മറ്റും തേങ്ങ ഇത്രയും കത്തിക്കേണ്ടതുണ്ടോ കത്തിക്കാതെ ഉടയ്ക്കുന്ന തേങ്ങ മറ്റുള്ളവർ ടെൻഡർ എടുത്ത് ലാഭമുണ്ടാക്കുന്നില്ലേ തീർച്ചയായിട്ടും അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഉടക്കാൻ സമയത്തിനും കൂടി അതിനു മുമ്പ് തന്നെ അവടുത്തുകൊണ്ട് പോകായി കാരണം ടെൻഡറിൽ പിടിച്ചിരിക്കണ അവൻ എത്ര കോടി മന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കൈമുടക്ക് കൊടുത്തിട്ട് ആ സ്ഥാനം കിട്ടിയിട്ടുള്ള വെറുതെയാണ് അപ്പൊ അവനത് ഉണ്ടാക്കണ്ടേ അവന് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല വല്ലാത്തൊരു ഒരു വിഷമ അകപ്പെട്ടിരിക്കുകയാണ് ഒരു വിഷമ ഒരു വിഷ സർക്കിൾ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ ഭൂരിഭാഗവും മറ്റു ചിലർ വാങ്ങിക്കൂട്ടുന്നതല്ലേ ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഹിന്ദുക്കളിൽ ഐക്യമുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളിൽ തന്നെ നിലനിൽക്കില്ലേ ഇതിന് ക്ഷേത്രങ്ങൾ സഹകരിച്ചാൽ പോലെ സ്വാമി ദയവായി ഇതിനൊരു ഉപദേശം തരികത് വളരെ പ്രസക്തമായ വിഷയമാണ് സാന്ദർഭികമായി കുടുംബധർമ്മത്തെപ്പറ്റി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുടുംബങ്ങളെ ശക്തമായി നിലനിർത്തുക ഗൃഹസ്ഥൻ്റെ കർത്തവ്യമാണെന്ന് പറഞ്ഞപ്പോൾ സ്വത്തുക്കൾ വിറ്റ് നശിപ്പിക്കാതെ എന്നൊരു വാക്ക് ബോധപൂർവം പറയുകയുണ്ടായി നമ്മൾ ശ്രദ്ധിക്കണം ഈ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഹിന്ദു വിരോധമോ ഹിന്ദു അനുകൂലമോ മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ ഒന്നും പറയുന്നില്ല പക്ഷേ സമൂഹത്തിലൊരു സന്തുലിത ഭാവമുണ്ടാകണം ആ സന്തുലിത ഭാവത്തിന് തകരാറ് സംഭവിച്ചാൽ അത് ദോഷം വരുത്തും നിങ്ങളിവിടെ അടുത്തുള്ള റെജിസ്ട്രാഫീസ് എവിടെയാണിച്ചാൽ നല്ലവണ്ണൂർത്താനുണ്ടെന്നാണ് മനസ്സിലാവണത് റജിസ്ട്രാഫീസ് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം അവിടെ പോയിരിക്കുക അഞ്ച് ദിവസം ഇരുന്നാൽ മതി സ്വത്ത് വി ില്ക്കണത് ആരാണ് വേറെ നോക്ക യാതൊരു സംശയവും എൺപത് ശതമാനവും ഹിന്ദുക്കളായിരിക്കും സ്വത്ത് വിൽക്കുന്നത് സംശയി പറയുന്നതിലില്ല ഇതൊന്ന് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമുക്ക് തന്ന സ്വത്ത് വിറ്റ് നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല നമ്മുടെ മക്കൾക്ക് കൈമാറണം എന്നൊരു ബോധം ഉണ്ടാവുക ചിന്താനന്തപുരസ്വാമിക്ക് തരാനല്ല പറയുന്നത് മക്കൾക്ക് കൊടുക്കുക നശിപ്പിക്കരുത് കാരണം സാമ്പത്തികമായി ആരാണോ താഴേക്ക് പോണത് ചവിട്ടി മതിക്കപ്പെടും അതുകൊണ്ട് സാമ്പത്തികമായ സാമൂഹികമായ ഭദ്രതയിൽ പിന്നോക്കം പോകരുത് ശ്രദ്ധിക്കുക മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസമാണ് തീർച്ചയായിട്ടും മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസമാണ് നാൽപ്പത്തൊന്ന് ദിവസം സൂര്യമാസത്തിൽ നിന്ന് ചന്ദ്രമാസം കുറച്ചാൽ കിട്ടുന്നതാണ് അതെ സൂര്യവർഷം സൂര്യമാസത്തിൽ നിന്നല്ല സൂര്യവർഷത്തിൽ നിന്ന് സൗരവർഷത്തിൽ നിന്ന് ചാന്ദ്രവർഷം കുറച്ചാൽ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ കഴിക്കുന്ന ആഹാരം ദഹിച്ച് മാംസവും രക്തവുമായി തീരുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ആയുർവേദത്തിൽ വൈദ്യന്മാരൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം ഔഷധ സേവനം പ്രത്യേകം പറയുന്നത് ഔഷധ സേവനത്തിൽ മണ്ഡലം ഔഷധം കഴിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട് കാരണം അതാണ് ഇത് കണക്കിലെടുത്താണോ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസമാക്കിയത് ആവാം ഇനി മണ്ഡലകാലം എന്ന് ഉദ്ദേശിക്കുന്നത് വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തൊന്ന് ദിവസമാണെങ്കിൽ അതിന് വേറെ കാരണമുണ്ട് അതെന്താ അത് ഒരു മനുഷ്യ വർഷമാണ് ഒരു ദേവദിവസം അങ്ങനെ വരുമ്പോ നമ്മുടെ മകരം ഒന്നാണ് ദേവന്മാരുടെ ഉദയസമയം അങ്ങനെ ദേവന്മാരുടെ ഉദയം നമ്മുടെ മകരം ഒന്ന് എന്ന കണക്കിൽ മകരസംക്രാന്തി ദേവന്മാരുടെ ഉദയസമയം എന്ന കണക്കിൽ നമ്മുടെ മാസങ്ങളെ ദേവന്മാരുടെ ദിവസത്തിന്റെ ഭാഗമായി പരിഗണിച്ചാൽ ഉദിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് മുതൽ രണ്ട് മണിക്കൂർ മുമ്പ് വരെയുള്ള സമയം രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല അതായത് ഒരു നാഴിക മുമ്പ് വരെ ഉദയത്തിൻ്റെ ഒരു നാഴിക മുമ്പ് വരെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രഭാതസന്ധ്യാവേള ആരംഭിക്കുന്നത് വരെയുള്ള സമയം പ്രത്യേകം ഉപാസനകൾക്ക് പറഞ്ഞതാണ് വിശേഷിച്ച് മന്ത്രോപാസനകൾക്ക് അപ്പം മനുഷ്യന്മാരുടെ ഈ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസമാണെന്ന് വരും അതായത് ഏകദേശം ധനു പത്ത് പതിനൊന്ന് വരെയുള്ള സമയം അത് കഴിഞ്ഞാൽ പിന്നെന്തായി ദേവന്മാരെ സംബന്ധിച്ച് പ്രഭാത സന്ധ്യാവേള ആരംഭിച്ചു അപ്പോൾ സൂക്ഷ്മ ഉപാസനകൾക്ക് പ്രത്യേകം വിഹിതമായ സമയമാണത് അതുകൊണ്ട് ദേവന്മാർ സൂക്ഷ്മോപാസനകളിൽ വ്യാപരിക്കുന്ന സമയത്ത് നമ്മളും സൂക്ഷ്മോപാസനകളിൽ വ്യാപരിക്കുക എന്നൊരു ഭാവന വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസമുള്ള പ്രത്യേക അനുഷ്ഠാനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് അറിയുക കാലം എന്നത് സങ്കല്പമാണോ ഈ പ്രപഞ്ചത്തെടുത്തു മാറ്റിയാൽ കാലത്തിന് പ്രസക്തി ഉണ്ടോ അതല്ല ഏത് നിമിഷത്തിലാണോ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവവും നിലനിൽപ്പും അന്ധവും സംഭവിക്കുന്നത് വിശദീകരിച്ചു തരുവാൻ അപേക്ഷിക്കുന്നു വിശദീകരിക്കാൻ എന്തായാലും സമയമില്ല ഇനി കാരണം കേവലം ഒരു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അത് സമയമില്ല എങ്കിലും സൂചിപ്പിക്കട്ടെ ദേശം കാലം എന്നിവയാണ് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നത് മായികമായ ശക്തി വിശേഷമാണ് ദേശവും കാലവും ദേശകാലങ്ങളാൽ പ്രപഞ്ചം പ്രപഞ്ചമില്ലെങ്കിൽ ദേശകാലങ്ങളില്ല ദേശകാലങ്ങളില്ലെങ്കിൽ പ്രപഞ്ചവും ഇല്ല ഇത് വളരെ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ് നല്ല ഒന്നാം സംശയമാണ് വേദാന്തശാസ്ത്രം സൂക്ഷ്മമായി വിചാരം ചെയ്യണം ഇതിന് ഉത്തരം പറയാം എല്ലാം ബ്രഹ്മമാണെന്ന് പറയപ്പെടുന്നുവല്ലോ വികാര വിചാരങ്ങൾ ചരാചരങ്ങൾ ഇവയെല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗമാണോ എല്ലാം ബ്രഹ്മമാണെന്ന് എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടതെന്ന് വിശദീകരിച്ചു ഉണ്ടെന്ന് പറയുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ഉണ്മയാണ് ബ്രഹ്മമെന്നറിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും ഉണ്മയാണ് ബ്രഹ്മം ചരമുണ്ടോ ഉണ്ട് അചരമുണ്ടോ അണ്ട് വിചാരമുണ്ടോ ഉണ്ട് വികാരമുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഉണ്മയാണ് സത്താണ് ബ്രഹ്മം എന്നറിയുക ഇത് വിശദമായി പറയേണ്ടതാണ് രണ്ട് ഒന്നാന്തരം സംശയങ്ങളാണ് പക്ഷേ അതിന് സമയത്തിൻ്റെ അഭാവം കൊണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞു ഇനി ഇവിടെ ഉള്ളത് വലിയൊരു അച്ചടിച്ചൊരു ഒരു സംഗതി എട്ട് ഒന്ന് പതിനഞ്ചിന്റെ മാതൃഭൂമി പത്രം മിത്തല്ല യാഥാർത്ഥ്യമാണ് ശാസ്ത്രം പത്രാധിപർക്കും തത്തുല്യന്മാർക്കും ചുട്ട മറുപടി കൊടുക്കാൻ താല്പര്യം പഞ്ചാംഗം പോലെയുള്ളവ വിറ്റ് കാശാക്കുന്നവരുടെ ഇരട്ടത്താപ്പ് ഇത് മാതൃഭൂമിയിൽ വന്ന ഒരു ഒരു എഡിറ്റോറിയൽ ആണ് അത് ഫോട്ടോ കോപ്പി എടുത്തിരിക്കുകയാണ് ആരോ ആരാണെന്നോട് എഴുതിയിട്ടില്ലേ ആരായാലും കൊള്ളാം നല്ല വായിക്കുക വായിച്ച് മനസ്സിലാക്കുക ഇത് ഈ അടുത്ത് എട്ട് വന്നതാണ് അതിൽ ഭാരതീയ ശാസ്ത്രങ്ങളെ എത്ര കണ്ട് നികൃഷ്ടമായ രീതിയിൽ പറയാമോ ശാസ്ത്രമെന്ന് നാം പറയുന്നത് കേവലം മിത്ത് ആയതുകൊണ്ടത് ശാസ്ത്രമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇയാൾ എഴുതിയിരിക്കുകയാണ് എന്നാൽ ഇതേ ഇഷ്ടം പോലെ പഞ്ചാംഗം വിറ്റ് കാശാക്കുന്നതും വാസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് കാശാക്കുന്നതും ശരിക്കും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക വളരെ നന്നായി സമയത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇതിലേക്ക് കടക്കാത്തതെന്ന് ഇതെഴുതിയാൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ് സന്തോഷം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തമൈ ശ്രീഗുരവേ നമ ഓ